ഹാർട്ട് ഓഫ് ദ ഹാർട്ട് ക്ഷേത്രമല്ല നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം സത്സംഗങ്ങളും നമ്മുടെ കുടുംബജീവിതമാണ് ഇന്ന ആളുകൾ ക്ഷേത്രത്തിൽ പോകാൻ കാരണം പണം കൂടിയതുകൊണ്ടുള്ള കുഴപ്പമാണ് പണമല്ലെങ്കിൽ ഒരു അമ്പലം അവർക്ക് ആവശ്യം ഉണ്ടാവില്ല പണ്ടും ഗുരുവായൂരപ്പനുണ്ടായിരുന്നു പണ്ടും അമ്പലങ്ങളുണ്ടായിരുന്നു അല്ലേ അന്ന് എന്താ ആളുകൾ അമ്പലത്തിൽ അങ്ങനെ കാരണം അന്ന് പോകാനുള്ള കാശു കുറവായിരുന്നു കാശു കുറവായതുകൊണ്ട് പ്രശ്നങ്ങളും പ്രശ്നങ്ങൾ കൂടി പ്രശ്നങ്ങൾ കൂടിയൂടി ആരും വേണം ഇത് സോൾവ് ചെയ്യാൻ ദൈവവും വേണം പിന്നെ അവർ നോക്കുകയാണ് സ്വർണം പൂശിയിട്ടോ എന്തെങ്കിലും വെച്ച് നോക്കിയിട്ടോക്കെ നോക്കേണ്ട ദൈവത്തിനെ കൊണ്ട് സോപ്പിട്ടിട്ടും കൊണ്ട് കാര്യം നടത്തുക അതാണല്ലോ ദൈവത്തിനൊക്കെ ഓഫറിംഗ് ആണ് ദൈവമേ ഇത് പരിഹരിച്ചെന്നാൽ ആയിരത്തൊന്ന് രൂപയുടെ വാൽപ്പായസെന്ന് നമ്മുടെ വാൽപ്പായ സംഘത്തിന്റെ അല്ലേ നോക്കൂ നിങ്ങള് പാവം അദ്ദേഹത്തിന് ഒരു നെയ്വിളക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം അപ്പൊ അങ്ങ് ഒരു യാചകം എന്നല്ലേ വിളിക്കേണ്ടത് കാരണം നമ്മളെ കാത്തിരിക്കേണ്ട അയാള് പ്രശ്നം പരിഹരിച്ചിട്ട് അയാൾക്കും വല്ലതും കിട്ടുള്ളൂ എങ്കിൽ ഹിസ് നോട്ട് ബെറ്റർ ദാൻ അസ്ലി ആരാ ഹേമൻ ആരാ നിങ്ങളുടെ ഒരു പ്രശ്നം പരിഹരിച്ചാൽ അയാൾക്ക് ആയിരം രൂപ തരുന്നുണ്ടെങ്കിൽ ആരാ ഹേമൻ കൊടുക്കണം നമ്മളല്ലേ ഹേമൻ ചിന്തിക്കും നിങ്ങൾ ദൈവത്തിനേക്കാളും നമ്മൾ കേമമാരാവില്ലേ ഇങ്ങനെ നമ്മൾ ദൈവത്തിനെ തന്നെ താഴ്ത്തിവെച്ചു അത് ചില ക്ഷേത്രങ്ങളാണ് ഈ തുറന്നെഴുതും ചെയ്യും ഇന്ന പ്രശ്നത്തിന് ഇന്ന പരിഹാരമെടുത്തരാണ് മിക്കവാറും മൂന്ന് പ്രശ്നങ്ങളെയുള്ള ആൾക്കാർക്ക് ഒന്ന് ശാരീരികമായ പ്രശ്നം രണ്ട് കുടുംബ മൂന്ന് ശത്രുക്കൾ കാരനുള്ള പ്രശ്നം അതുകൊണ്ട് മിക്കവാറും ക്ഷേത്രങ്ങളിൽ ശത്രു സംഹാര പൂജ കാര്യമായിട്ടുണ്ടാവും കാരണം ഒരുവിധ ആളുകൾക്കൊക്കെ പേടിയാണ് ആരോ എന്നെ നോക്കുന്നുണ്ട് എന്ന് അത് കുടുംബക്കാർ തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്റെ കാര്യം കൊടുത്ത ഒരു മുട്ട് ശത്രു സംഹാരുട്ട് ആരെ മുട്ടിക്കുന്നത് എന്നെ നോക്കുന്ന ശത്രുക്കളൊക്കെ ഈ മുട്ടോടുകൂടി എന്താ ആളുകളുടെ മനസ്സ് നോക്കൂ നിങ്ങൾ പിന്നെ കാര്യങ്ങൾ നടത്താനുള്ള ഭക്തി നോക്കും ഒന്ന് ചിന്തിക്കൂ നിങ്ങളൊക്കെ അല്പം ബുദ്ധിയില്ലേ നിങ്ങൾക്ക് ൾ പറയുന്നത് നടത്തിത്തരാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ എന്നെ സംബന്ധിച്ച ആദ്യം എന്റെ ലാവ് ദൈവത്തിനാവും സത്യം നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഗുരുവായപ്പ അതിന്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അതേ ഗുരുവായൂരപ്പന്റെ അടുത്ത് നിന്നിട്ട് ഡോക്ടർ എന്താ പ്രാർത്ഥിക്കുക ഗുരുവായെ പ്രാക്ടീസൊക്കെ ലേശം കുറവാണ് ആളുകൾക്കെല്ലാം ധാരാളം ഡോക്ടറോ വന്നിട്ട് ഗുരുവായൂരപ്പിനെ പ്രാർത്ഥിക്കുക ഗുരുവായൂരിപ്പ പ്രാക്ടീസും അവസാണെന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പിന് മനസ്സിലായ ഇയാൾക്ക് വേണ്ടത്ര പേഷ്യൻ കിട്ടില്ല അപ്പൊ ഗുരുവായൂരപ്പന് ഏതാ കേൾക്കതിൽ രോഗം മാറ്റണേന്ന് പ്രാർത്ഥിച്ചാൽ ഡോക്ടറെ പണക്കേണ്ടി വരും ഡോക്ടർ പറയുന്നത് പ്രാർത്ഥിച്ചാൽ ഈ ഭക്തനെ ഗുരുവായൂരപ്പിന് നൽക്കാൽ എന്താ വിചാരിക്കുക രണ്ട് നടക്കല്ലേ എന്ന് നോക്കും നിങ്ങൾ ദൈവവുമായിട്ട് നമ്മൾ കർമ്മത്തെ ബന്ധിക്കുകയാണ് ദൈവത്തെ കർമ്മവുമായി ബന്ധിക്കരുത് അത് വിവേകമില്ലായ്മയാണ് നിങ്ങൾക്ക് രോഗം വരുന്നതിന് കാരണം ദൈവമല്ല നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വീക്കാക്കിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഉയർത്താത്തോടത്തോളം കാലം ഒരു ദൈവത്തിനും നിങ്ങളുടെ രോഗം മാറ്റാൻ സാധ്യമല്ല മനസ്സിലായില്ലേ അർജുനനെ തളർത്തിയത് കൃഷ്ണനല്ല അർജുനനെ തളർത്തിയത് അർജുനൻ തന്നെയാണ് ഇനി അർജുനനെ ഉയർത്താൻ കൃഷ്ണന് സാധ്യമല്ല അർജുനെ ഉയർത്തേണ്ടതും അർജുനൻ തന്നെയാണ് അല്ലെങ്കിൽ ഗീതയിൽ ഭഗവാൻ പറയോ ഉദ്ധരേദാത്മാനാത്മാനം ആത്മാനമവസാദയേ ആത്മൈവഖ്യാത്മാനോ ബന്ധു ആത്മൈവരിപുരാത്മന ഉദ്ധരേ ഉയർത്തണം ആരുത്തണം ആത്മന ആത്മാനം ഉദ്ധരേദ് എന്ന് വെച്ചാൽ എന്താണ് ദേവേന്ദ്രൻ വന്ന് നമ്മൾ ഉയർത്തുന്നതാണ് മിനിങ് അയക്കതല്ലേ പണി നമ്മൾ ഉയർത്തല് ആത്മന ആത്മാനബുദ്ധരെയും നമ്മളെ അവനവം തന്നെ അപ്പൊ പിന്നെന്തിനാ നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണോ ആണോ അതൊക്കെ നമ്മൾ മാറും നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ല അമ്പലത്തിൽ പോകുന്നത് നമ്മുടെ മനസ്സിനെ ഉയർത്തണം എന്തിനേക്കാണ് ഉയർത്തേണ്ടത് കൂടെ എപ്പോഴും ഭഗവാനുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് ഭഗവാൻ കൂടെയുണ്ട് എന്ന ബോധമുള്ള ഒരാൾക്കെ ആ ബുദ്ധി ഉറച്ചൊരാൾക്കെ മനസ്സ് തളരുമ്പോഴൊക്കെ പതരേണ്ടതില്ല കൂടെ ഭഗവാനുണ്ടെന്ന ബോധം കൊണ്ടുവന്ന് മനസ്സിനെ വീണ്ടും വീണ്ടും ബാലൻസ് ചെയ്യാൻ സാധിക്കും ഒരണവ് കൊണ്ട് വേണം മറ്റൊരറിവിനെ നമ്മൾ ശരിയാക്കിയെടുക്കാൻ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് പോകുന്ന സമയത്ത് ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ അത് അവനിരിക്കുന്ന മുറിയിലിരുന്ന് കരയാണ് കറണ്ട് പോയ സമയത്ത് അമ്മാറി കരയുന്ന സമയത്ത് നിങ്ങൾ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയാതെ പേടിക്കട്ട ഞാൻ അടുക്കളയിൽ ഇവിടെ ഇവിടുണ്ട് അപ്പൊ അമ്മ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയം വന്ന് അമ്മ ഇല്ല എന്നുള്ള തോന്നലിൽ കരഞ്ഞവന് അറിവ് കിട്ടുമ്പോ കരച്ചിട്ട് പോകുന്നു അപ്പൊ ഒരു ചിന്തയെ മാറ്റാൻ വേറൊരു ചിന്തയാണ് ഇതുപോലെ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു അനുഭവം വന്ന സമയത്ത് എനിക്കിത് നേരിടാൻ പറ്റുമോ ഇങ്ങനെ വിഷമം എനിക്ക് വന്നല്ലോ എന്ന് പറയുമ്പോൾ ബുദ്ധി പറയാനും തളരേണ്ടതില്ല കൂടെപ്പോഴും ഭഗവാനെന്ന് അപ്പൊ നമ്മുടെ മനസ്സിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉയർത്താൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ നിഷ്കമ്പേ നമ്മൾ എത്തിച്ചേരേണ്ട ഒരു തലം നിഷ്കമ്പമ നിഷ്കമ്പനെന്ന് പറഞ്ഞാൽ അർത്ഥം പരാതിയില്ലാത്ത ക്ഷമിക്കാൻ സാധിക്കുന്ന മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നമ്മൾ ഭരിക്കുന്നതിന് മുമ്പ് നേടിയെടുക്കും പ്രായം കൂടുന്തോറും കംപ്ലയിന്റ്സ് ആയിരിക്കണം എന്തും സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിക്കണം ഇത് കാണുന്നുണ്ടോ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ഉത്തരം പറയാത്ത അപ്പൊ അതിന് അതിനർത്ഥമെല്ലാം ഈ അമ്പലത്തിൽ പോകുന്ന ഒരു ടൈപ്പല്ലേ പല മാറ്റങ്ങളും നടക്കുന്നുണ്ടോ അമ്പലം കൊണ്ട് മനുഷ്യൻ നേരെയാവുമോ ഒരു വിശ്വാസം ഉറപ്പിക്കുക എന്നല്ലാതെ പണ്ടൊരാൾ പറഞ്ഞ എവിടെയാണ് ദൈവം ദൈവം അമ്പലത്തിനുള്ളിലുണ്ടെന്ന് അകാങ്കരി ഉറപ്പുവരുന്നുണ്ട് അപ്പം അതെനിക്ക് മനസ്സിലായി ദൈവം അമ്പലത്തിനുള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുവന്നല്ലോ പിന്നെ ഇന്തിനാ നിങ്ങൾ ഈ ചെരുപ്പ് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചെരുപ്പിന്റെ മോള് കയറുന്നവരെ പ്രാർത്ഥിക്കുള്ളൂ പറയാണ് ചെരുപ്പിന്റെ മുകളിൽ കയറി നിന്ന് പ്രാർത്ഥിക്കാൻ കാരണം ചെരുപ്പിന്റെ മുകളിൽ നിന്ന് മാറി നിന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും കണ്ണടയ്ക്കുമ്പോഴേക്കും ചെരുപ്പും കൊണ്ട് ഭക്തന്മാരും അപ്പൊ അവര് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ചെരുപ്പ് ദൈവം ആരും കൊണ്ടുപോകില്ല എന്ന് ഇവിടെ തത്സംഗങ്ങൾക്ക് പോലും കാണാം നിങ്ങൾക്ക് ആളുകൾ തെരുപ്പ് കയ്യിലിരിക്കും പിന്നെ അതിന്റെ മുകളിലിരിക്കോ രണ്ടു കാര്യം ഇരിക്കാനൊരു സ്ഥലമായി തെരുപ്പ് പ്രൊട്ടക്ഷ അത്ര ഉറപ്പുണ്ട് നമ്മുടെ കാര്യത്തിലേ ഇതാണ് നമ്മൾ ഇതിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് മുക്തമാക്കാൻ സാധിക്കണം കല്ലോല്ലോ ലാസുതുല്യം ഖലു വിമലതരം സത്വമാഹവും അവിടുന്ന് പരമമായ സത്വമാണ് ഭഗവാനെ സത്വഗുണം തേജസ്സാണ് അവിടെ കസ്മാനോ നിഷ്കളത്വം സകല ഇതിവ അവിടുന്ന് സകലമാണ് എന്ന് എല്ലാവരും അങ്ങേയെക്കുറിച്ച് പറയണോ തൊൽക്കല ബാക്കിയെല്ലാം അവിടുത്തെ കലകളാണ് അപ്പൊ സകളൻ എന്ന പേര് സകലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുപോലെ എന്നാൽ ബാക്കിയുള്ളതെല്ലാം അവിടുത്തെ കലയാണ് കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിലും ഈശ്വര അവർക്ക് ആ ഈശ്വരന്റെ പൂർണ്ണതയെ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലേ കാരണം അവര് ജീവാത്മാവിന്റെ തലത്തിലാണ് നിൽക്കുന്നത് ആരിലേക്ക് വീരുന്നില്ല പരമാത്മാ അപ്പൊ നിങ്ങൾ പരമാത്മാവിന്റെ തലത്തിലേക്ക് വീരെന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി നിങ്ങൾ ജീവിതത്തെ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന സകലം എല്ലാം ആരായിട്ട് തോന്നും എപ്പോഴും ആരുള്ളതുപോലെ തോന്നും ഈശ്വരനുള്ളത് പോലെ തോന്നും നിങ്ങൾ ജീവാത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈശ്വരൻ എന്റെ കൂടെ ഇല്ല ഈശ്വരൻ അകലെയാണ് അകലെയാണ് അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മാറ്റം വരുത്തണം എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു നിാഷമചജസേക്കിയാമി ചണാ തേനോദേതിലീന പ്രകൃതിരസതികൾ കൽതിക താ സംശുദ്ധമംശം കമവിതമതിരോധായകം സത്വം സത്വം ധൃത് ദ സമിഹം മഹിമവിഭവാകുണ്ഡവൈകുണ്ടൂപം നിർവ്യാപാരം ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ യാതൊരു വ്യാപാരവും ഉള്ളവനാണ് ഉള്ളവൻ അല്ല ഇത് പറയുമ്പോഴല്ലോ നമ്മൾ ഭഗവാനെ ഒരു വ്യക്തിയായി കണ്ടാൽ ഇതൊക്കെ സാധ്യമല്ല ഭഗവാൻ എന്ന് പറയുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ഭഗവാനെ പ്രത്യേകിച്ച് യാതൊരു വ്യാപാരവും ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലാത്തതൊന്ന് തികയ്ക്കാൻ നമുക്ക് വ്യാപാരം ചെയ്യണം കർമ്മം ചെയ്യണം പ്രവൃത്തി ചെയ്യണം ഉള്ളതുണ്ടാക്കാൻ നിങ്ങൾ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ണുണ്ടാക്കേണ്ട കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടോ പല്ലുണ്ടെങ്കിൽ പല്ലുണ്ടാക്കേണ്ട കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കത് ഉണ്ട് നിങ്ങൾക്ക് വല്ലതും ഇല്ലെങ്കിൽ അതുണ്ടാക്കാൻ നിങ്ങൾ കർമ്മം ചെയ്യണം ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉറപ്പാണ് സ്വസ്ഥത ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് ഇല്ലാത്തതാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക ഉള്ളതിനെ നിലനിർത്താൻ നമ്മൾ കർമ്മം ചെയ്യും രണ്ട് ഇല്ലാത്തതുണ്ടാക്കാൻ കർമ്മം ചെയ്യും അപ്പൊ കണ്ണ് എന്താണ് പല്ല് തയ്ക്കണോ അതുപോലെ തന്നെ ശരീരം വൃത്തിയാക്കി വയ്ക്കണോ നമുക്കറിയാം ആരോഗ്യം നിലനിർത്തണം എന്നുള്ളത് അല്ലെങ്കിൽ അപകടമാണ് നിലനിർത്താൻ നമ്മൾ കർമ്മം ചെയ്യണം ഇല്ലാത്തതുണ്ടാക്കാൻ കർമ്മം ചെയ്യണം എല്ലാം ഇല്ലാത്തത് അപ്പൊ സൌന്ദര്യം നമുക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാക്കാൻ രാവിലെ മുതൽ നമ്മൾ ഒരുപാട് ഒരുപാട് മിനുക്ക് പണികൾ ചെയ്യാനുണ്ട് അല്ലേ അവിടെ പോളിഷ് ചെയ്ത് നോക്കിയിട്ടും ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും പലതും ചെയ്ത് നോക്കണം കാരണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു നമുക്ക് സൗന്ദര്യമില്ല ഏറെ പ്രശ്നം നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടെന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടോ ഒരു എൺപത്തഞ്ച് വയസ്സുള്ള മുത്തശ്ശിക്ക് സൗന്ദര്യം ഉണ്ടാക്കാൻ പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാൽ അവർക്കാരെ എനിക്ക് പ്രത്യേകിച്ച് സൗകര്യത്തിന്റെ ആവശ്യമില്ല ആര് നോക്കാൻ പോകുന്നില്ല നമ്മള് നിങ്ങളൊരു വ്രതം എടുത്തത് വിചാരിക്ക എന്താ വ്രതം ഞാൻ അന്ന് ശബരിമലയ്ക്ക് പോകുന്നു നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തില്ല പിന്നെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി കറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പിന്നെ നിങ്ങൾ കറപ്പിക്കേണ്ട ആവശ്യമില്ല കറപ്പിക്കല് വരുന്ന നാൽപ്പത്തൊന്ന് ദിവസം വ്രതവും കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് തിരിച്ചു ശേഷമേ പിന്നെ നിങ്ങളെ അറപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് സൗന്ദര്യബോധം വരുള്ളൂ അതുവരെ നിങ്ങൾക്ക് സൗന്ദര്യബോധത്തെക്കാൾ കൂടുതൽ സ്വാമി ബോധമാണ് ഇപ്പൊ നമുക്ക് ഇല്ലാത്തതൊന്നുണ്ടാക്കാൻ കർമ്മം ചെയ്യേണ്ടതുണ്ട് ഭഗവാന് വേണ്ടി പ്രത്യേക കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും കൂടെയുള്ളവനാണ് എത്ര നിങ്ങൾക്ക് കണ്ണിൽ പ്രകാശമുണ്ടോ അത്രയും കാലം നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട് എത്ര മൂക്കിലൂടെ ശ്വാസ അകത്ത് കയറുന്നുണ്ടോ അത്ര കാലം ഉള്ളിൽ പക്ഷെ നമ്മളിപ്പോ ആ ഭഗവാനെ പിടിക്കാനാണ് പല പല കർമ്മങ്ങളും ചെയ്യുന്നത് ആ ഭഗവാനാണെങ്കിലോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് നിർവ്യാപാരോപിവ്യാപാരമില്ലെങ്കിലും കാരണങ്ങൾ കൂടാതെ എക്രിയാവീക്ഷണാക്കാം അയാളുടെ ഈക്ഷണം കൊണ്ട് സാന്നിധ്യം കൊണ്ട് പ്രകൃതി ഉദേതി ലീന കൽപ്പാഭികൽപ്പാദികാതെ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതി ഉദിക്കുന്നതും നിലനിൽക്കുന്നതും ലയിക്കുന്നത് ഒരു തടാകത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യത്തിലാണ് കുമിളകൾ വരുന്നതും നിലനിൽക്കുന്നതും പോകുന്നതും ഒരു തിയേറ്ററിൽ സ്ക്രീൻ എന്ന് പറയുന്ന സാധനമില്ലെങ്കിൽ സിനിമയ്ക്ക് ജനിക്കാനും നിലനിൽക്കാനും മരിക്കാനും സാധ്യമല്ല ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ മനസ്സിൽ ചിന്തകളുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരുടെ സാന്നിധ്യം വേണം ഭഗവാൻ മനസ്സെന്ന് പറയുന്നത് ഒരു ഫിലിമാണ് ആ ഫിലിം വരുന്നു പോകുന്നത് എവിടെയാണ് ഏത് സ്ക്രീനിലാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവത് ചൈതന്യമാകുന്ന സ്ക്രീനിലാണ് കുറച്ച് നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഭഗവാൻ സാന്നിധ്യമില്ലെങ്കിൽ മനസ്സിൽ ഒരു ചിന്തകൾക്കും വരാനോ പോവാനോ സാധ്യത ഇന്ന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ചിന്തകൾക്കാണ് അനുഭവങ്ങൾക്കാണ് ഇനി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ചിന്തകളെല്ലാം വന്നു പോകുന്നതിന് കാരണം ഉള്ളിലൊരു നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് മുഴുവൻ സിനിമയ്ക്കാണ് നിങ്ങൾ ആര് കാണുന്നില്ല ഈ സിനിമകളൊക്കെ വന്നു കാരണം ഒരു സ്ക്രീനുള്ളത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് സിനിമ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെ നമ്മൾ വിവേകത്തോടുകൂടി മനസ്സിലാക്കണം ഉള്ളിലൊരു ഭഗവത് സാന്നിധ്യമില്ലെങ്കിൽ എന്റെ ഉള്ളിൽ യാതൊരു ചിന്തയും ഒന്നുപോകും മനസ്സിലാവുന്നതല്ലോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച രസമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തകളുടെ വികാസമാണ് പ്രപഞ്ചം ഇന്ന് ഈ ബാംഗ്ലൂർ സിറ്റി ഇങ്ങനെയാക്കി തീർത്തിയിരിക്കുന്നത് മനുഷ്യ മനസ്സുകളാണ് മനുഷ്യ മനസ്സിൽ ചിന്തകൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സിറ്റി ഇതുപോലെയാവോ ഒരു പക്ഷേ ഒരു മൃഗത്തിന്റെ ചിന്ത പോലെയാണ് പ്രകൃതി നമ്മുടെ മനസ്സിനെ വെച്ചിരുന്നെങ്കിൽ ഒരു കാക്ക കൂടുകെട്ടുന്നത് പോലെ മാത്രമേ നമുക്ക് വീട് കെട്ടാൻ പറ്റുള്ളൂ അയ്യായിരം വർഷങ്ങൾക്ക് ഒരു കാക്ക എപ്രകാരമാണോ കൂടുകെട്ടിയത് അതേ കൂട് തന്നെയാണ് ഇന്നും കെട്ടുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് ഒരു തേനീച്ചയുടെ ബി ഹബ്ബ് ഒരു തേനീച്ചയുടെ ഹബ്ബ് തന്നെയാണ് ഇതുകൊണ്ട് കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് പണിയാൻ ആരും സമ്മതിച്ചിട്ടില്ല പ്രകൃതി സമ്മതിച്ചില്ല ഉണ്ടോ കണ്ടീഷൻ മൈൻഡ് എന്ന് പറയുന്നത് എന്നാൽ മനുഷ്യ മനസ്സ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് അയ്യായിരം വർഷങ്ങൾക്കുള്ള വീടാണോ ഇന്നത്തെ വീട് അയ്യായിരം വർഷങ്ങൾക്കുള്ള വീടിന്റെ സങ്കല്പമാണോ ഇന്നത്തെ വീടിന്റെ സങ്കല്പം അന്ന് കൂട്ടുകുടുംബമാണ് കുറേയധികം മുറി വേണം ഓരോ സൌകര്യങ്ങൾ അന്നത്തെ കാലങ്ങളിലും പൂജാമുറിയിരിക്കണം വലുത് ബാക്കിയുള്ളതൊക്കെ രാവറേജ് വലിപ്പം മതി ഇന്നിപ്പോ പൂജാമുറിയും വേണ്ട ഇന്നിപ്പോ മൂന്ന് മുറിയാണ് വലിപ്പമുള്ളത് ഒന്ന് കിടന്നുടങ്ങുന്ന മാസ്റ്റർ ബെഡ്റൂം അതുപോലെ ഒരു മാസ്റ്റർ കിച്ചൺ പിന്നെ ഒരു മാസ്റ്റർ ബാത്റൂം ഇത്രയും വേണ്ട മനുഷ്യന് കഴിക്കുക കിടക്കുക കളയുക ഇത്രയും വേണ്ടു കൂടുതൽ അതിനാണ് പ്രാധാന്യം നോക്കൂ ഏതൊരാളും ഫ്ലാറ്റ് എടുക്കാൻ പോയാൽ ആദ്യം എന്താ നോക്കുക ഇപ്പൊ നിങ്ങളുടെ മകനോ ആൾക്കോ ഒരു ഫ്ളാറ്റ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ എന്താ നോക്കുക മാസ ബെഡ്റൂം നോക്കും കിച്ചൺ നിസ്സരിച്ച് നോക്കും പിന്നെ കഴിഞ്ഞാൽ ബാത്റൂമും ടോയ്ലറ്റും നോക്കും ദൈവം ആ ഹോളും കാരണം ബാക്കിയുള്ള ആൾക്കാരെ ഹോളിൽ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ ഹോളും നോക്കും എന്നുവെച്ചാൽ ഇത് മൂന്നോട്ടേക്ക് ജീവിത ഹോളായി നടത്തണം ഇനി പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല അതർത്ഥം ഇങ്ങനെയാണത് അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ചല്ല ഇന്നത്തെ കാലഘട്ടം ആളുകളുടെ കോൺസെപ്റ്റ് മാറി മനുഷ്യ മനസ്സ് കണ്ടീഷൻഡല്ല പക്ഷേ ഇന്ന് നമുക്ക് എന്ത് പറ്റി ചോദിച്ചു നാം ഇന്നത്തെ ജീവിതാനുഭവത്തെ തന്നെ സങ്കൽപ്പിച്ച് സങ്കൽപ്പിച്ച് ഇത് മാത്രമാണ് ജീവിതമെന്നങ്ങട്ട് ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടോ ഇവിടെ സംഭവിക്കുന്നത് മാത്രമേ നമ്മളിപ്പോ കാണുന്നുള്ളൂ ഇനി ഒരടി കൂടി നിങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സങ്കല്പങ്ങളെല്ലാം വന്നു പോവാൻ കാരണം നമ്മളിലൊരു അനന്തമായ ഈശ്വരന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് മരിച്ച ഒരു ഡെഡ് ബോഡി കിന്നേവരെ ഒന്നും ചിന്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ചിന്തകളിൽ നല്ല രോഗം തുടങ്ങുന്നത് ചിന്തകൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നതിന് കാരണം ചിന്തകൾക്ക് അതീതമായൊരു സത്യം നമ്മളിലുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ോകത്തെക്കുറിച്ചും ചിന്തിക്കാം അതിന് ഉള്ളിലിരിക്കുന്ന ആത്മബോധ ആത്മശക്തിയെക്കുറിച്ചും ചിന്തിക്കാം അതുകൊണ്ട് മനുഷ്യർക്ക് മാത്രമാണ് ബോഗവുമുള്ളത് യോഗവുമുള്ളത് വെൻ യു തിങ്ക് അബൌട്ട് യുവർ വേൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ചിന്തിക്കുമ്പോ നിങ്ങളുടെ മനസ്സ് ബോഗത്തിലാണ് ബോഗം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതുമായി ബന്ധപ്പെട്ടിരിക്കണം എപ്പോ നിങ്ങൾ അതിനെ വിട്ട് നിങ്ങളിലിരിക്കുന്ന ഈശ്വര ശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോഴത് ഉദതി ലീനാ പ്രകൃതി കൽപ്പാതി കൽപ്പാദികാലെ എത്രയോ കാലമായി മനസ്സിങ്ങനെ ഉദിച്ചും ഉയർന്നും ഇരിക്കുന്ന ഉപരിയാണ് തസ്യാ സംശുദ്ധമംശം കമവിതമതിരോദായകം സത്വരൂപം എല്ലാ തമസിനും അതീതമായിക്കൊണ്ട് ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സത്വരൂപം അത് തന്നെയാണ് മഹിമ വിഭവ അവിടുത്തെ മഹിമയെന്ന് ദദാസി ആരുധരിക്കുന്നുവോ ധൃത്വ ഉറപ്പിക്കുന്നുവോ അവനാണ് വൈകുണ്ടരൂപം അകുണ്ടം കുണ്ഠിതമില്ലാത്ത വൈകുണ്ടരൂപത്തെ കാണുന്നവൻ വൈകുണ്ടരൂപം എന്ന് പറഞ്ഞാൽ വൈകുണ്ടം എന്ന് പറഞ്ഞാൽ കുണ്ഡിതമില്ലാത്ത ദുഃഖമില്ലാത്ത സ്ഥലം അതെവിടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ മനസ്സിലല്ലത് നിങ്ങൾക്ക് നിങ്ങളീ മനസ്സെന്ന് പറയുന്നത് വിദ്യുതാണേ നിങ്ങളത് ചിന്തിക്കുന്നില്ല മനസ്സെന്ന് പറയുന്നത് ചിന്തകളാണ് ആ ചിന്തകൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നതിന് കാരണം ഉള്ളിലൊരു ചൈതന്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ഒരു സ്ക്രീൻ ഇല്ലെങ്കിൽ ഒരിക്കലും സിനിമ വരില്ല സിനിമ എന്ന് പറയുന്നത് ഫിലീമാണ് മനസ്സാണ് ആ മനസ്സിന് ആര് വേണം ഒരു വേണം സ്ക്രീനാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ആ സ്ക്രീനിന് പിന്നിൽ സോറി ഫിലിമിന് പിന്നിലൊരു സ്ക്രീൻ ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നാം അല്പനേരം സിനിമയൊന്ന് നിർത്തിവയ്ക്കണം മനസ്സിലായില്ലേ നമ്മുടെ മനസ്സിൽ ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റാത്തതിന് കാരണം എപ്പോഴും സിനിമ ഇങ്ങനെ കടന്നോണ്ടിരിക്കുകയാണ് നിർത്തിവെക്കട്ടെ നിർത്തിവെക്കണില്ലേ രാവിലെ കൂടെ എഴുതിയിട്ട് തുടങ്ങി ഇനി കുടുംബകാര്യങ്ങള് മകള് മകൻ മറന്ന് അത് എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി ആയിരം ചിന്തകളാണ് മനസ്സിൽ കൂടെ കടന്നുപോണത് അത് ചിന്തിക്കുന്നവരും ഓരോരോ ടെൻഷൻ ഇങ്ങനെ കൂടി വരുന്നു അതാണല്ലോ മനുഷ്യ മനസ്സിന് പിടയ്ക്ക് ആ സിനിമയൊന്ന് നിർത്തിവെച്ച് പിന്നിലൊരു സ്ക്രീൻ ഉണ്ട് സ്ക്രീൻ ഉണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ സിനിമ കാണുന്ന പോലെയാണ് പണ്ട് എം ജി സിനിമ വന്നു കഴിഞ്ഞാലോ എം ജി ആറിനെ നേരെ ആരെങ്കിലും തോക്കെടുത്താൽ എം ജി നിൽക്കുന്ന വെടിവെക്കാൻ നിൽക്കുന്നവരെ നേരെ ഒരു കത്തിയിറിയും എം ജി ആറിന്റെ ശത്രുവിന്റെ നേരെ അണ്ണമാർക്ക് ബോധമില്ല ആ സ്ക്രീനിലേക്ക് നോക്കി കത്തി എറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും അവനീ ശത്രുവിധിയാണ് കാണുന്നത് പക്ഷെ പൊട്ടുന്നത് സ്ക്രീനാ പൊട്ടുന്നത് സ്ക്രീൻ പൊട്ടിയ പിന്നെന്ത് എം ജി ആരുണ്ട് പൊട്ടി സിനിമ കഴിഞ്ഞതോടുകൂടി നമ്മൾ മനസ്സിലെ ചിന്തകളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകൾ നടന്നു കടന്നു പോകുന്ന അറിയുന്നുണ്ട് നമ്മൾ അതിന് പിന്നിലുള്ള ഒരു സ്ക്രീനിനെ കാണുന്നില്ല അത് കാണുന്നെങ്കിലോ സത് പ്രഗ്രധാരാദരലിതകളാളീ കിളി ലാവണ്യകസാരം സുഹൃതിജനദൃശാ പൂർണ്ണപുണ്യവതാരം ലക്ഷ്മി ലീലിമമത സന്ദസന്ദോഹമന്ദ സിഞ്ചിൽ സഞ്ജിന്തകാ അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ എന്നീത പ്രത്യക്ഷമായി തന്റെ കൺമുമ്പിൽ നിൽക്കുന്നു കാർമികവർണ്ണ രൂപത്തിൽ അങ്ങനെയുള്ള കാർമ്മിക രൂപം തന്നെയാണ് തന്റെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹേ മാരുതാകാരനാഥ തേ പ്രത്യഗ്രതാരാധര ലളിതകളയാവലീകേളികാരം പുത്തൻ കായാമ്പുവർണത്തിൽ കാർമ്മികവർണ്ണ അതിമനോഹരമായ അവിടുത്തെ രൂപം ലാവണ്യ ഏകസാരം സുഗൃതി ജലദശാം പൂർണ്ണ പുണ്യാവതാരം സുഹൃതികളായിട്ടുള്ള ആളുകൾക്ക് സുഹൃതികൾ കാണുന്നത് തന്റെ ആത്മാവ് തന്നെയാണ് ആര് ഗുരുവായൂരപ്പൻ അങ്ങനെ ഏതൊരു വ്യക്തിക്കാണോ തന്റെ ആത്മാവ് തന്നെയായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ആത്മാവായിരിക്കുന്ന ഭഗവാനിൽ മനസ്സിനെ നിശേഷം സമർപ്പിക്കുമ്പോൾ ലക്ഷ്മി നിശ്ചങ്കലീലാനിലയണം ആ ഗുരുവായൂരപ്പനിൽ എപ്രകാരം ഭഗവാനിൽ എപ്രകാരമാണോ ലക്ഷ്മി നിവസിക്കുന്നത് അതുപോലെ അവരുടെ മനസ്സിലും ആരുവസിക്കും ലക്ഷ്മി എന്ന് വെച്ചാൽ മനസ്സ് നല്ല ഐശ്വര്യുക്തമാവും എന്ന് വെച്ചാൽ എന്താർത്ഥം ആരുടെ മനസ്സാണോ ഈശ്വരീയമായ സ്മരണയിലേക്ക് തിരിയുന്നത് അവർക്ക് നല്ലവണ്ണം ശാന്തിയും സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരിക്കും അമൃതസ്യന്ത സന്തോഹം സിഞ്ചിൽ തദ്വു നിരന്തരമായ അമൃതപ്രവാഹത്തെ തരുന്ന ആനന്ദ അനുഭൂതി തരുന്ന ആ രൂപം അത് തന്നെയാണ് അങ്ങയുടെ രൂപമെന്ന് മഹാത്മാക്കളിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു മനസ്സ് തന്റെ അന്തരാത്മാവായ ഗുരുവായപ്പനിലേക്ക് എടുക്കും തോറും അമൃതം അനുഭവിക്കാൻ സാധിക്കും അമൃതം എന്ന് പറഞ്ഞാൽ മൃതം എന്ന് പറഞ്ഞാൽ വീഴ്ച അമൃതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഴാത്ത അവസ്ഥ മനസ്സിന് നല്ല ധൈര്യം കിട്ടുന്നവരെയാണ് ശക്തി കിട്ടുന്നവരെയാണ് മനസ്സിൽ തേജസ് നിറയും ഏത് കാര്യത്തെയും മനസ്സിന് അഭിമുഖീകരിക്കാൻ സാധിക്കും തളരാത്തൊരു മനസ്സ് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ മനസ്സ് തളരുന്നതിന് കാരണം മനസ്സ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സ് ഈശ്വരനോടടുത്ത് നിൽക്കുന്നു ആ തളർത്താൻ സാധ്യല്ല മനസ്സ് കുടുംബകാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു കുടുംബകാര്യങ്ങൾക്ക് വലുതും പറ്റിയാൽ മനസ്സ് തളരും ഇല്ലേ ഏതിനോട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് എളുപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പയറുവള്ളി നട്ടു പയർ നട്ടു വീട്ടിനോട് ചേർന്ന് ഒരു പയറ് നട്ടു അതിന് പടരാൻ വേണ്ടിയിട്ടൊരു കുറ്റിയും വെച്ചു കമ്പും വെച്ചു ഈ പയറ് പടർന്ന് പടർന്ന് പടർന്ന് പടർന്ന് ആദ്യം കുറ്റിയെ പിടിച്ചു അത് കഴിഞ്ഞ ടെറസിൽ കയറി ടെറസിലൊരു പിടുത്തം കിട്ടി ശക്തമായൊരു കാറ്റ് വന്നു കമ്പിളകിപ്പോയി കമ്പിളകിയാലും പയറ് വള്ളി വീഴില്ല കാരണം നേരത്തെ അത് കമ്പിലായിരുന്നു ഇപ്പോഴത് ടെറസിലായിരുന്നു ടെറസ് വീഴാത്തോടത്തളം കാലം വയറുവള്ളി വീഴില്ല ഇതുപോലെ നമ്മൾ തുടക്കത്തിൽ കുടുംബമാകുന്ന കുറ്റി പിടിച്ചിട്ടാ നിൽക്കുന്നത് മനസ്സ് ആ കുറ്റിക്ക് വലുതും പറ്റിയാൽ നമ്മുടെ മനസ്സും തളർന്നു എന്നാൽ ആ കുറ്റിയെ പിടിച്ചു പിടിച്ച് പതുക്കെപ്പെടുത്തം വിട്ട് പിടിക്കണം ഏത് ടെറസ് പിടിക്കണം ഭഗവാനാകുന്ന ഒരു ടെറസിൽ നമുക്ക് പിടിക്കാൻ സാധിച്ചാൽ ഒരു കുറ്റി ഇളകിപ്പോയാലും പിടുത്തം എവിടുണ്ട് ടെറസിലുണ്ട് നിങ്ങൾ നിഷ്കംഭരായി തീർന്നോക്ക ഇന്ന് മിക്കവാറും വള്ളികൾ മുഴുവൻ ടെറസ് പിടിക്കണം എന്നൊക്കെ മോഹമുണ്ട് പക്ഷെ ചില ആളുകളുണ്ടല്ലോ ഇത് ടെറസിലേക്ക് പോയാൽ പിന്നെ പയറ് പൊട്ടിക്കാൻ പറ്റില്ല അപ്പൊ ഇതിന്റെ തല ടെറസിലേക്ക് പോകുന്നവർ വീണ്ടും അവർ വളച്ചു കുറ്റിയിലേക്ക് തന്നെ എന്നിട്ട് പിന്നെ അതിൽ ചുറ്റി ചുറ്റി ടെറസിലേക്ക് പോകാൻ തല ഉയർത്തും വീണ്ടും അതിനെ ഇതുപോലെ നമുക്കൊക്കെ മോഹൻണ്ട് ഈശ്വരനിലേക്ക് വരണം എന്ന് പക്ഷേ അപ്പോഴേക്കും മാ മീ തന്നോ കുറ്റി സമ്മതിക്കില്ല അങ്ങനെയെന്നും റിട്ടയർമെന്റിന് ശേഷം ശരി നാരായണിയെ കണ്ടുമുട്ടി ചെയ്യാൻ നിശ്ചയിച്ചു അപ്പോഴേക്കും മകള് പറയുണ്ട് അമ്മയെ ഞാൻ പ്രസവിക്കാൻ വരുന്നുവെന്ന് വയറിന്റെ വള്ളി വീണ്ടും കുറ്റിയിലേക്ക് കയറി ഇനി അത് കഴിയുന്നവരെ നാരായണീയം കണക്ക് തന്നെ അത് കഴിയുമ്പോഴേക്കും രണ്ടാമത് ടെറസിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും മകള് പറയും അമ്മേ ഒരു പ്രസവത്തിനും കൂടി വരുന്നു ഇവരുടെ രണ്ട് പ്രസവം കഴിയുമ്പോഴേക്കും പിന്നെ ടെറസിലേക്ക് ഇത് കയറുകയില്ല വിചാരിച്ചാൽ തന്നെ കയറാൻ പറ്റില്ല അതാണ് സത്യം മിക്കവാറും ആളുകളുടെ ജീവിതം അങ്ങനെയാണ് അവര് ഈ കുടുംബ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പിന്നെ അവര് ദിവസം മനസ്സിലാക്കും എന്ത് മരണം വരുന്ന സമയത്താണ് മനസ്സിലാക്കുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് പേരക്കുട്ടി വിചാരിച്ചിട്ടും മകൾ വിചാരിച്ചിട്ടും മകൻ വിചാരിച്ചിട്ടും കാര്യമില്ലേ ഗുരുവായൂരപ്പ അങ്ങനെയുള്ളൂ ഭഗവാൻ പറ കണക്ക് തന്നെ എത്ര പ്രാവശ്യം എന്റെ അടുത്ത് കേറാൻ വേണ്ടി നോക്കി അന്നൊന്നും നിനക്ക് കേറാൻ നോക്കില്ലേ ഗുരുവായൂരപ്പ ഇപ്പോഴെങ്കിലും പോയി പണി നോക്കുന്നു പറയും ഈ ലാസ്റ്റ് മൊബൈലിൽ വിളിച്ചിട്ട് എന്താ കാര്യം ചാവാ നേരത്തെ ഭൂരിപക്ഷം ആളുകളും ഭാഗ്യില്ലാത്തവരാൾ നിങ്ങളൊക്കെ സുഹൃത്തികളാണ് അറ്റ്ലീസ്റ്റ് ഇത് കേൾക്കണമെന്നെങ്കിലും വിചാരിച്ചല്ലോ ഇനി ഇവിടെന്നെങ്കിലും നമ്മൾ വിചാരിക്ക ഇപ്പോ നമ്മുടെ വണ്ടി പിടിച്ചിരിക്കുന്നത് കുറ്റിയിലാണ് ഇനി തല ഒരിക്കലും സമ്മതിക്കരുത് ഇത് ടെറസിനെ പിടിച്ചിട്ടേ വിട്ടുള്ളൂ എന്ന് ആരൊക്കെ അതിന്റെ തല താഴ്ത്തിയാലും ഞാൻ ടെറസ് പിടിച്ചിരിക്കുന്നത് ഒരിക്കൽ ടെറസിൽ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ നിഷ്കമ്പേ നിത്യപൂർണേ കുറ്റി അടിയോടുകൂടി വീണാലും ഒരു പ്രശ്നമില്ല കാരണം പിടുത്തം സ്ട്രോങ് ആണ് അത് പഴയ കോൺക്രീറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ കുറ്റിയെക്കാളും മോശമുള്ള കോൺക്രീറ്റും ഉണ്ട് കുറ്റിയേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള വാർഡിയിട്ടാണെങ്കിൽ കുറ്റി ഇളകിയാലും കുട്ടിയിളകിയാലും അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് മാറാൻ സാധിക്കട്ടെ നമുക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുന്നു ഭഗവാനെ കഷ്ടാതീ സൃഷ്ടിചേഷ്ടാം ബഹുതരവേ ഭവേദാവം ഇത്യേവം പൂർവമാലോചിതമയാവമത്യാവിജാനേ നോചേ ജീവാ കഥം വധുരമിദം തൊൽബുച്ഛിദ്രസാദ്രം നേത്രൈ ശ്രോത്രൈശ്ചീറ്റ പരമനസുതാ ഓതിപൂരേരമേര ഞാൻ ആദ്യം മനസ്സിലാക്കിയത് തേ സൃഷ്ടിച്യേഷ്ഠ കഷ്ടം ഗുരുവായൂരപ്പ അവിടുന്ന് എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കുന്ന സൃഷ്ടി ചെയ്യുന്നത് എന്നെല്ലാ ദുഃഖങ്ങളാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് ചിലർക്ക് അനാരോഗ്യത്തിന്റെ ദുഃഖം ചിലർക്ക് പുത്രൻ ഇല്ലാത്ത ദുഃഖം ചിലർക്ക് പുത്രനുണ്ടായ ദുഃഖം ചിലർക്ക് ഭർത്താവില്ലാത്ത ദുഃഖം ചിലർക്ക് ഭർത്താവ് ദുഃഖം ഇങ്ങനെ ഓരോരുത്തരെ നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ദുഃഖങ്ങൾ എനിക്ക് തോന്നുന്നു ഭഗവാനെ ആദ്യൊക്കെ ഞാൻ അങ്ങേ പഴി ഈശ്വരൻ എന്താ ഇങ്ങനെ കണ്ണിൽ വ്യക്തമില്ലാത്ത പണി അല്ലേ കുറെ ക്രൂരത ഈശ്വരനുണ്ടോ ചില കുട്ടികളുടെയൊക്കെ കഷ്ടപ്പാടുകൾ കൈയില്ലാത്തവർ കാലില്ലാത്തവര് ബുദ്ധിയില്ലാത്തവര് പാവം എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ പ്രസവിച്ചുടനെ തന്നെ മരിച്ചറിയപ്പെടുന്ന കുട്ടികൾ അതും ക്രൂരമായിട്ട് എന്താണ് യാചിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന കുട്ടികൾ അല്ലേ ഒത്തിരിയോ ദേഹോപദ്രവ ഏൽപ്പിച്ച് നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ ആസിഡൊക്കെ ഒഴിക്കുന്ന കുട്ടികളെ മേലെ യാചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ക്രൂരത ഇതൊക്കെ നമുക്ക് തോന്നുമ്പോൾ വിചാരിക്കും ഈശ്വരന് യാതൊരു കരുണയില്ലേ ഇങ്ങനെയൊരു ഈശ്വരനോ ആദ്യമൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നിയിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇത്യേവം ഇതി ഏവം പൂർവമാലോചിതം ഞാൻ ഇങ്ങനെയൊക്കെ പണ്ട് ആലോചിക്കുമായിരുന്നു എന്നാൽ ഇപ്പോഴാണ് മനസ്സിലായത് ഭഗവാനെ ഏവമധ്യാവിധാനം എനിക്കൊന്നും അറിയില്ല അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നോ ചേ ജീവാ കഥംവാ അങ്ങനെ കഷ്ടപ്പാടുകൾ ഇല്ലായിരുന്നു എങ്കിൽ പ്രയാസങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈശ്വരനിലേക്ക് തിരിയുമായിരുന്നില്ല അപ്പൊ വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമാണ് ഒരു മനുഷ്യനെ എങ്ങോട്ട് തിരിക്കുന്നത് ഭഗവാനിലേക്ക് സാധാരണ മനുഷ്യൻ ദുഃഖങ്ങൾ വരുമ്പോൾ ക്ഷേത്രങ്ങളിലേക്ക് ഓടും അവിടെ അവന് സംതൃപ്തി വരാതെ വരുമ്പോൾ അവൻ വല്ല സത്സംഗത്തിലേക്ക് ഓടും സത്സംഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് അവന് മനസ്സിലാവുക ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കാരണം ഈശ്വരനല്ല ഇത് ഞാൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മങ്ങളുടെ ഫലമാണ് ഇതിന് ഈശ്വരനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല ഇതിൽ ഞാൻ ശ്രമിക്കേണ്ടത് ഇതിനെയെല്ലാം അഭിമുഖീകരിക്കുന്ന വിധത്തിൽ എന്റെ മനസ്സിനെ ഞാൻ ഉയർത്തണം ഇത് മനസ്സിലാക്കാൻ എനിക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും സഹായിച്ചു രത്നാകരൻ എന്ന് പറയുന്നൊരു കള്ളൻ വാഗ്നീകിയായി തീരുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പത്നിയുടെ ഒരു കുത്തുവാക്കുണ്ട് അല്ലേ എന്താ കുത്തുവാക്ക് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കും ഈ നാരായണീയം പിന്നിൽ ഭട്ടതിരിപ്പാട് ഒരു കുത്തുവാക്കുണ്ട് ഇങ്ങനെ പോകലാലസയിൽ മുങ്ങിയ ഒരു ബ്രാഹ്മണ ജീവിതം പാഴാക്കിക്കളയുന്നുവല്ലോ ൊരു ബ്രാഹ്മണ ജീവിതം വെയ്സ്റ്റാക്കി കളയുന്നുവല്ലോ ഭോകലാലസയിൽ മുങ്ങി എന്ന് പറയുന്ന ഒരു കുത്തുവാക്ക് വേണം ഒരു പട്ടതിരിപ്പാടിനെ എതിരചിക്കാൻ പ്രേരിപ്പിക്കാൻ നാരായ അപ്പൊ വേദനകളെ നമുക്ക് ശാപങ്ങളാക്കി മാറ്റാം വേദനകളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാം വേദനകൾ നമ്മളെ സത്സംഗങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നതെങ്കിൽ വേദനകളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളാകാം വേദനകളൊക്കെ നമ്മൾ വെറും ക്ഷേത്ര മാത്രം ഒതുക്കി നിർത്തുന്നെങ്കിൽ വേദനകളൊക്കെ ഒരു ശാപമാക്കി നിൽക്ക് കൊണ്ടു നടക്കാം മനസ്സിലാവുന്നുണ്ടല്ലോ ഭാഗവതത്തിൽ ആദ്യം തന്നെ ഈ കഥയാണ് അവതരിപ്പിക്കുന്നത് ഭാഗവതത്തിൽ നാരദ മാർഷി തന്റെ കഥ പറയും വ്യാസരോട് ഒരു ശൂദ്രനായി ജനിച്ച സമയത്ത് അമ്മ മരിച്ചു അമ്മ മരിക്കുന്ന സമയത്ത് പാമ്പുകടിയിട്ടിട്ട് അമ്മ മരിക്കുമ്പോൾ എന്തുകൊണ്ട് എന്റെ അമ്മയ്ക്കിങ്ങനെ മരണം സംഭവിച്ചു എന്നല്ല ചോദിക്കുന്നത് അനുഗ്രഹം മന്യമാന അമ്മയുടെ മരണത്തെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് പ്രാതിഷ്ഠം നിശമുത്തരം സജ്ജനങ്ങളുടെ വാക്കുകേട്ട് തപസ് ചെയ്യാൻ പോയി അപ്പൊ നമുക്ക് വേദനകൾ അനുഗ്രഹമാക്കിയെടുക്കാം വേദനകൾ ശാപമാക്കിയെടുക്കാം ഇവിടെ പറയുന്നു ഈ വേദനകളാണ് എന്നെ ആലങ്കി തിരിച്ചത് ഈശ്വരൻ നോ ചേ ജീവാ കഥം വ ഈ വേദനകൾ ഇല്ലായിരുന്നെങ്കിൽ കഥം എങ്ങനെയാണ് ഭഗവാനെ മധുരതരമിതം തൊൽവബുചിദ്രസാദ്രം മനസ്സിന് ആനന്ദമേകുന്ന അങ്ങയുടെ ഈ മനോഹരമായ രൂപത്തിലേക്ക് എന്റെ മനസ്സ് തിരിയുക നേത്രേ ശ്രോത്രേശിത്വ സത്സംഗങ്ങളിൽ പോയിട്ടും അങ്ങയുടെ വിഗ്രഹത്തെ കണ്ടും നേത്രങ്ങളിലൂടെയും ശ്രോത്രങ്ങളിലൂടെയും പരമരസ സുതാംബോതിപൂരേരമേരൻ പരമരസരൂപമായിരിക്കുന്ന അങ്ങയിൽ എന്റെ മനസ്സിനെ രമിപ്പിക്കാൻ എനിക്ക് സാധിച്ചത് ജീവിതത്തിന്റെ ചില വിഷമങ്ങളും ദുഃഖങ്ങളുമാണ് ഇപ്പൊ ദുഃഖങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ അതൊന്നൊരു ശാപമായിട്ട് കണക്കാക്കരുത് അതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് കാരണം അതുണ്ടെങ്കിലേ നമ്മൾ എങ്ങോട്ട് തിരിയുള്ളൂ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നിരുന്നുവെങ്കിൽ നമ്മൾ ഈശ്വരനിലേക്ക് തിരിയില്ലായിരുന്നു നിങ്ങൾക്ക് യാതൊരു വിഷമമില്ല വിചാരിച്ചതൊക്കെ നടക്കണോ എല്ലാവരും ഐശ്വര്യാറായേ പോലെ എല്ലാവരുടെ വീട്ടിലും ധാരാളം സമ്പത്ത് ഒന്നിനൊരു കുറവില്ല വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പാപ്പം നടക്ക് എന്നാ പിന്നെ എന്തായിരിക്കും അവസ്ഥ കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന ഒരാളെ പോലെ ഇത് പറയും കൽപ്പവൃക്ഷം എന്നു പറഞ്ഞിട്ട് സങ്കല്പമുണ്ട് അത്രേ എന്താണത്ര അതിന്റെ ചുവട്ടിൽ കിടന്നുള്ള പ്രത്യേകത എന്ത് മനസ്സിൽ വിചാരിക്കുന്നു ഒരാളിങ്ങനെ വിചാരിക്കുകയാണ് ശുരാ ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടിയത്തണം നന്നായിരുന്നു ജ്യൂസ് വന്നു ബിരിയാണി കഴിച്ചത് എത്ര കാലായിരുന്നാണ് മര്യാദക്ക് ചോറ് കഴിക്കാനുള്ള മോഹല്ല വന്നത് ബിരിയാണി കഴിക്കാൻ ബിരിയാണി വന്നു അപ്പോഴേക്കും അത് തോന്നി ഓ എത്ര കാലമായി പാലടപ്രഥമം കഴിച്ചിട്ട് പാലടപ്രഥമം ഇത് കഴിഞ്ഞപ്പോ വയറ് തുറന്നയാക്ക് ഒന്ന് എവിടെയെങ്കിലും കടന്നുറങ്ങിയാൽ മതിയെന്ന് ഒരു പായോ ഒരു ടേൺ ബെഡ് കിട്ടിയാത്രമായിരുന്നു അത് വന്നു ഒരു തലയുടെയും കൂടി വെക്കാൻ പറ്റിയാത്രമാതും വന്നു നല്ല ഉറക്കം വരുന്നുണ്ട് ശരി ഉറങ്ങണ സമയത്ത് പുലി വന്ന് കടിക്കുമോന്ന് ഉറങ്ങണ സമയത്ത് പുലി വന്ന് കടിക്കുമെന്ന് ഇതൊക്കെ വന്ന സ്ഥിതിക്ക് പിന്നെ ആരാ വരേണ്ടത് പുലി വന്ന് തടിച്ചു അപ്പൊ ഇതിനൊരു കുഴപ്പമുണ്ട് നമ്മൾ എന്ത് വിചാരിച്ചാലും നമ്മുടെ മനസ്സാണ് എന്തൊക്കെയാ അപകടം ചിന്തിക്കാന്ന് വിചാരിക്കില്ല നിങ്ങൾ എന്നെ ചിലപ്പോ വിചാരിക്കാറില്ലേ നിങ്ങൾ വിചാരിക്കണമൊക്കെ നടക്കട്ട അപകടം എന്തായിരിക്കും നോക്കൂ എല്ലാവരും വീട്ടിൽ ആകെ നടന്ന ബഹളാണെങ്കിൽ എന്താ പറയാ ഓ ആരും ഇല്ലെങ്കിൽ എത്ര മാറായിരുന്നു തോന്നുന്നു അതെങ്ങാനും നടന്നാൽ അപ്പോ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ എത്ര സ്വസ്ഥായിട്ട് വസ്ത്രയിരിക്കുവായിരുന്നു വന്ന് കഴിഞ്ഞിട്ട് ഈ കഥ എന്തോ ഈശ്വരൻ അതൊക്കെ നടത്തി തരാത്ത എത്ര ഭാഗ്യമാണ് നോക്കൂ നമ്മൾ തന്നെ ആകെ ശവിക്കുന്ന അനുഭവത്തിന് ആ കാര്യങ്ങൾ ആരും ഇല്ലെങ്കിൽ വിചാരിക്കുക എല്ലാവരും ഉണ്ടായ എത്ര ഒന്നായിരുന്നു കൂടി വന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങിയാൽ വിചാരിക്കും ഒരു ശല്യം പത്ത് മിനിറ്റ് ഇരിക്കാനും സ്വസ്ഥത ഇല്ല ആരുമില്ലായിരുന്നെങ്കിൽ എത്ര ഒന്നായിരുന്നു എന്തോ ഒരു കഷ്ടപക്ഷം പോലെ നമ്മുടെ കാര്യങ്ങൾ നടക്കാത്ത എത്രയും ഭാഗ്യം മിക്കവാറും വീട്ടിൽ ആരും ഉണ്ടാവില്ല ഒരു രാജാവിനെ കണ്ട് ഒരു വരം കെട്ടി എന്തു തൊട്ടാലും സ്വർണ്ണ രാജാവ് തൊടുനിറത്ത് മുഴുവൻ സ്വർണ്ണം സന്തോഷം കൊണ്ട് ഭാര്യയെ പിടിച്ചു പറഞ്ഞു ഭായ് ഇത് അതേ പറഞ്ഞോളൂ സങ്കടം കൊണ്ട് മോൾ ഓടി പപ്പാ പപ്പാ അക്കെയാവൊക്കെയാന്ന് അച്ഛൻ ഭാര്യ സ്വർണമായി തന്നതിന്റെ വിഷമം തീർക്കാൻ മകളെ എങ്ങോട്ട് എടുത്തു പിടിച്ച ആ കിടക്കുന്നത് സ്വർണം അയാൾക്ക് ജീവിതം അടുത്തുപോയി തൊടുന്നതൊക്കെ സ്വർണം ഭാര്യയും സ്വർണം മകളും സ്വർണം മകനും സ്വർണം അവസാനം അയാൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഈ സാധനം തന്നെ എനിക്ക് വേണ്ട ഇവിടെയും സാധനം മനുഷ്യനും അടുപ്പുണ്ടാക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലതുമുണ്ടെങ്കിലും മനസ്സിൽ ഒരു സംതൃപ്തിയും സമാധാനവും ഇല്ലാത്തതിന് കാരണം മനസ്സ് എവിടേക്ക് എത്തുന്നില്ല ഈ വിഷമങ്ങളെയൊക്കെ ആരിലേക്ക് തിരിക്കുന്നില്ല ഭഗവാനിലേക്ക് നിങ്ങളൊരു വിഗ്രഹത്തിലൊക്കെ തൊഴുതുണ്ടാവാം പക്ഷേ എങ്ങോട്ട് തിരിക്കണം ഭഗവാനിലേക്ക് എങ്ങനെയാണ് ഭഗവാനിലേക്ക് തിരിയാ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണ് അടുത്ത ശ്ലോകം എന്താണ് ശരിക്കും ഈശ്വര ആരാധന എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ എന്തിനാ പോകുന്നത് ശ്ലോകം പറയുന്നു നമ്രാണാം സന്നിധത്തെ സതതമവിപുരത്തെ അനഭ്യർിതാ അർക്കാമാൻ അജസ്രം വിതരസി വിതരതി പരമാനന്ദ വിതരസി വിതരസി പരമാനന്ദ്രാഗതിശേഷ പരിജാ ഹരെ ക്ഷുദ്രം തും ശക്വാടീ ധ്രുപമ വിദശതി വ്യക്തമ തീവ്രജോയം ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കുന്നത് സാർ നമ്രാണാം നമ്രാണാം നമ്രം നമിക്കുക സമർപ്പിക്കുക നമ്രത സമർപ്പണം വിനയം സമർപ്പിക്കുക നമ്രാണാം സന്നിധത്തെ സന്നിധത്തെ നമിക്കുന്നവരുടെ മുന്നിൽ സന്നിധത്തെ സാന്നിധ്യം ഉള്ളവനായി എപ്പോഴും ഉള്ളവനായി എവിടെയാണ് ഭഗവാൻ പുര മുമ്പിൽ നമിക്കുന്നവന്റെ മുമ്പിൽ ഭഗവാൻ സന്നിധമാണ് എപ്പോഴാണ് സന്നിധമായിരിക്കുന്നത് സതതം സതതം എന്ന് പറഞ്ഞാൽ എല്ലായ്പോൾ അപ്പൊ നമിക്കുന്നവന്റെ മുന്നിൽ എപ്പോഴും ഭഗവാൻ സന്നിഹിതനാണ് അനഭ്യർത്ഥിതാനഭി മനസ്സിലാവില്ല ഇതൊക്കെ അപേക്ഷിക്കാതെ തന്നെ അനഭ്യർത്ഥിതാൻ അഭ്യർത്ഥിക്കാതെ തന്നെ മാൻ അജസ്രം വിതരസി അവർക്ക് വേണ്ടുന്നതെല്ലാം അവരർഹിക്കുന്നതെല്ലാം ഭഗവാൻ വിതരസി കൊടുക്കുന്നു എങ്ങനെയാണ് കൊടുക്കുന്നത് അനഭ്യർത്ഥിതാനവി അവരതൊന്നും അഭ്യർത്ഥിക്കേണ്ടതല്ല അറിയാതെ ചോദിക്കാതെ തന്നെ ആര് കൊടുക്കണോ അപ്പൊ അവര് ചെയ്യേണ്ട ജോലി എന്ത് മാത്രമേ ഉള്ളൂ അവര് ചെയ്യേണ്ട ജോലി എന്ത് മാത്രമേ ഉള്ളൂ നമ്ര ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കും അത്രയേ പേട്ടു ബാക്കി എല്ലാ ആ ചെയ്തോളും ഭഗവാൻ ചെയ്തു മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി പല്ല് പറിക്കാൻ വേണ്ടി പോകും പല്ലുവേദനയിട്ട് നിങ്ങൾ പല്ലെടുത്ത് കളയേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്താൽ മതി നമ്രാണാം സാർ വായ പൊളിച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തുകൊള്ളു നിങ്ങൾ മര്യാദയ്ക്ക് പൊളിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് അയാൾ ഇഞ്ചക്ട് ചെയ്തത് നിങ്ങൾ പറയാനുള്ള ഡോക്ടറെടുത്ത് മറ്റൊരാളുടെ മുന്നിൽ വായ പിടിക്കുന്ന നല്ല സംസ്കാരമല്ല അതുകൊണ്ട് ഞാൻ വായ പിടിക്കില്ല എന്റെ അച്ഛനും അമ്മി പറഞ്ഞിരിക്കുന്നു മറ്റുള്ളവരുടെ മുന്നിൽ അനാവശ്യമായിട്ടൊരിക്കലും ദറ്റ്സ് നോട്ട് എ ഗുഡ് കൾച്ചർ ഡോണ്ട് ഓപ്പൺ യുവർ മൌത്ത് ഇൻഫ്രണ്ട് ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞത് ഡെന്റൽ ഡോക്ടറെടുത്ത് പല്ലുവേദനയായിട്ട് ദീഹം പറ്റൂ അതുപോലെ നിങ്ങൾക്ക് വയറിന് അസുഖം അസുഖം വന്നോ നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ബെഡിൽ തമരാണ ബാക്കി നിങ്ങൾ എവിടെ കീറണം എന്തെടുക്കണം എന്ത് മാറ്റണം എന്നൊക്കെയുള്ളത് ആര് നോക്കിക്കൊള്ളൂ ഡോക്ടറാകുന്ന നിങ്ങൾക്കറിയില്ലേ അത് ഇതുപോലെ അനഭ്യർത്ഥിതാനവി കാമാനതം ചില ഡോക്ടർമാരെങ്ങനെയാണ് നിങ്ങൾ ചോദിക്കാതെ തന്നെ കിഡ്നി എടുക്കവര് അനഭ്യർത്ഥിതാനവി കാമാനതം എന്തൊക്കെയാണ് എടുക്കേണ്ടത് ഹാർട്ടെടുത്തു മാറ്റാൻ പറ്റാത്തതുകൊണ്ടാണ് മൂന്ന് ഡോക്ടർമാരിരുന്ന് ചർച്ച ചെയ്യാണ് അവരുടെ വലിയ വലിപ്പത്തം പറയുക ഡോക്ടർമാരെന്തെങ്കിലും ക്ഷമിക്കണേ അപ്പോ ഒപ്പം ഒരു ഡോക്ടർ പറയുകയാണ് ജപ്പാനിൽ നമ്മുടെ കഥയാണ് എവിടെ ഒരു ക്രിക്കറ്റ് പ്ലെയർക്ക് അവര് മുട്ടെല്ലാം ഒളിഞ്ഞിട്ട് ഇതൊരു മൃഗത്തിന്റെ കാലൊക്കെ വെച്ചു എന്നിട്ടും അയാൾ ക്രിക്കറ്റ് മാച്ചിൽ പോയി അയാൾ നല്ലവണ്ണം ബാറ്റ് ചെയ്തിട്ട് മാൻ ഓഫ് ദ മാച്ചായിട്ട് മാറി അപ്പൊ അമേരിക്കൻ ഡോക്ടർ പറഞ്ഞോ ദിസ് ഇസ് നത്തിങ് ഓർ ഓ കാരണം നിങ്ങൾ മുട്ടു മാറ്റിവെച്ചിട്ടല്ലേ ഞാൻ ഒരു പേഷ്യന്റിന് അത്ലറ്റിക് പേഷ്യന്റിനെ കാല് തന്നെ ഫുൾ മാറ്റിവെച്ചിട്ട് മൃഗത്തിന്റെ കാല് വെച്ചിട്ട് ഹൺഡ്രഡ് മീറ്റർ ഓട്ടത്തിൽ അയാൾ ഫസ്റ്റായിട്ട് മാറിയിട്ട് ഇന്ത്യൻ ഡോക്ടർ പറയണ ഇതൊന്നും ഒന്നുമല്ല ഞങ്ങൾ ഇന്ത്യയിലൊരു ആളുടെ ബ്രെയിൻ തന്നെ എടുത്ത് മാറ്റിയിട്ട് അയാൾ പാർലമെന്റിൽ മിനിസ്റ്റർ ആയിട്ട് മാറിയിട്ടുണ്ട് ഇവിടെ ബ്രെയിൻ ഇല്ലാതെ തന്നെ മിനിസ്റ്റർ ആവാൻ പറ്റുന്നവരാണ് ആ സാധനം അവർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അത്ര വലിയ ഓപ്പറേഷനൊക്കെ ഇന്ത്യയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ആവശ്യമില്ല അപ്പൊ ഇങ്ങനെ നമ്പ്രാണാം സന്നിധത്തെ നമിക്കുന്നവരുടെ മുന്നിൽ ഭഗവാൻ സന്നിധമാണ് കാമാനം വിതരസി എല്ലാ കാമങ്ങളും ആര് വിതരം ചെയ്യുന്നു ഭഗവാൻ അരഭ്യർത്ഥിതാണി ഈ ശ്ലോകം നിങ്ങൾ ശ്രദ്ധിക്കൂ നമ്മൾ അമ്പലത്തിൽ ചെന്നിട്ട് വല്ലതും പ്രാർത്ഥിക്കുന്നതുണ്ടോ പട്ടതിരിപ്പാട് പറയുന്നത് പോലെയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ കാരണം പ്രാർത്ഥിക്കാതെ തന്നെ കാര്യങ്ങൾ കണ്ടറിഞ്ഞു തരാൻ ആർക്ക് സാധിക്കും ഭഗവാനെ സാധിക്കും അനഭ്യർത്ഥി താരങ്ങൾ അപ്പൊ നമ്മുടെ ജോലി എന്താണ് ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കും വാസ്തവത്തിൽ ഈ നമ്പ്രാണ എന്ന വാക്കിനർത്ഥം നമുക്കിന്ന് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത് പലരും അത് മനസ്സിലാക്കുന്നില്ല അതിന്റെ ഡെപ്തിന് മനസ്സിലാക്കുന്നില്ല എന്താണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കും നമ്മൾ ഭഗവാനിലേക്ക് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ലേശം പഞ്ചസാര എടുത്ത് ചായയിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ചായയുടെ കൂടെ എപ്പോഴും മധുരമുണ്ടാവും ചായയുടെ ഏത് ഭാഗത്തും നിങ്ങൾ നോക്കിയാകും മധുരം നിങ്ങളെ നിങ്ങൾ ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കൂടെ എപ്പോഴും നിങ്ങളുണ്ടാവണം അപ്പൊ നിങ്ങൾ ഭഗവാന്റെ കൂടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ കൂടെ ആരുണ്ടാവണം നമ്മൾ ആ ജീവിതം നയിക്കുന്നുണ്ടോ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ട് എന്നുള്ളത് ഉണ്ടോ അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പല്ലേ എന്ത് പഞ്ചസാര പോക്കറ്റിൽ നടന്നിട്ട് കാര്യം കേട്ടോ അത് നമ്മൾ സമർപ്പിക്കുക വേണം അല്ലേ അതിന്റെ മാധുര്യം കിട്ടണമെങ്കിൽ അത് നാവിലേക്ക് സമർപ്പിക്കും ഇതുപോലെ നമ്മൾ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മുടെ മനസ്സിനെയും ഭഗവാനിലേക്ക് സമർപ്പിക്കണം എപ്പോഴും നമ്മുടെ കൂടെ ഭഗവാൻ ഉണ്ടാകണം ഇനി ഭഗവാൻ കാമാനതശ്രം വിതരസി ചോദിക്കാതെ തന്നെ നമുക്ക് വേണ്ടതെല്ലാം ഭഗവാൻ തരുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നാം എന്തർഹിക്കുന്നുവോ അത് നമുക്ക് ഭഗവാൻ തന്നിരിക്കും എന്ന് വെച്ചാൽ എന്താർത്ഥം എന്തു വരുന്നതും ഭഗവാൻ നിശ്ചയമായി നമ്മൾ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തരുന്നതാരായിരിക്കും അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ വരുന്നതെല്ലാം ഭഗവാന്റെ നിശ്ചയമാണെന്നുള്ളത് പറ്റുന്നുണ്ടോ അപ്പൊ നമ്മളെവിടെയാണ് സമർപ്പിച്ചിരിക്കുന്നത് ഇവിടുത്തെ നാരായണി അടുത്തത് നമ്രാണാം സന്നിധത്തെ നമ്മൾ പാരായണം ചെയ്തിട്ട് കാര്യം അതിനെ നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഭഗവാൻ പറയുന്ന എത്രയാണ് മാമേകം ശരണം പ്രജ നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചിന്തകളും പരിത്തിരിക്കൂ മാമിയേക്കം എനിക്ക് വിട്ടു വരും ഞാൻ നോക്കിക്കോളാം ഡെന്റൽ ഡോക്ടർ പറയുന്നത് പോലെ നിങ്ങൾ വായ വിളിച്ചിരുന്നാൽ മതി ബാക്കി ഏത് പല്ല് പിഴുതെടുക്കണം എന്നുള്ളത് അങ്ങുടെ വിസ്ഡം ടൂത്ത് എടുക്കണോ നിങ്ങളുടെ ഷാർപ്പ് ഏത് പല്ല് എടുക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും ഇതുപോലെ ഭഗവാൻ പറയണോ നിങ്ങൾ എന്നിലേക്ക് നിങ്ങളെ അങ്ങോട്ട് സമർപ്പിച്ചാൽ മതി എന്നിട്ടോ കാമാരജസ്ത്രം വിതരച്ച് ഇതുമാത്രമേ തരുന്നുള്ളൂ അല്ല പരമാനന്ദസാന്ദ്രാം ഗതി പരമാനന്ദഗതിയും ഞാൻ തരും അതായത് ഭോഗവും തരും യോഗവും തരും ഭോഗം എന്ന് പറഞ്ഞാൽ ലൗകിക ജീവിതത്തിന് വേണ്ടുന്നതും തരും ആത്മീയ പുരോഗതിക്ക് വേണ്ടതും തരും ഈ ശ്ലോകം വീണ്ടും ആവർത്തിക്കട്ടെ നമുക്ക് ചെയ്യാനുള്ളത് പ്രാർത്ഥിക്കലല്ല ചെയ്യാനുള്ളത് നമ്മളെ സമർപ്പിക്കല നമ്മൾ സമർപ്പിച്ചത് എപ്പോഴാണ് മനസ്സിലാവുക എപ്പോഴും കൂടെയുണ്ടെന്ന ബോധം നമുക്കുണ്ടാവണം രണ്ടാമത് എന്ത് വരുന്നതും ഭഗവാന്റെ നിശ്ചയമായിട്ട് നമുക്ക് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആരെ കാണാൻ തുടങ്ങി നിങ്ങൾ സമർപ്പിച്ചു നിങ്ങൾ നിങ്ങൾക്ക് കാരണം തരുന്നതെല്ലാം ഭഗവാന് നിങ്ങൾക്ക് കംപ്ലയിന്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച് സമർപ്പിച്ചിട്ടില്ല എന്നർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ എന്തെങ്കിലും നമുക്ക് ഭഗവാൻ ഇങ്ങനെ എന്താ സംഭവിക്കുന്നത് എന്താ എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഈ കംപ്ലയിന്റ് ഉണ്ടോ ദാറ്റ് മീൻസ് നിങ്ങൾ സറണ്ടർ ചെയ്തില്ല എന്നിട്ട് നിങ്ങൾ കംപ്ലയിന്റ് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് യാതൊരു കംപ്ലയിന്റ് കൂടില്ല സപ്പോസ് നിങ്ങളൊരു ഹോട്ടലിലേക്ക് കയറണു നിങ്ങൾ തന്നെ ഓർഡർ ചെയ്യുന്നു സാധനം എന്റെ സാധനമാണ് വേണ്ടത് ആ സാധനം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ രുചിയൊക്കെ ഇഷ്ടപ്പെട്ടു വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ കഴിക്കണോ നോ പ്രോബ്ലം കംപ്ലയിന്റ് ഇല്ല ഞാൻ രണ്ടാമത് നിങ്ങൾ വീണ്ടും ഓർഡർ ചെയ്യണോ എന്നിട്ട് നിങ്ങൾ കൊണ്ടുവരും ആ സാധനം കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ പറയാണ് ഇതല്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് മറ്റൊന്നാണെന്ന് പറഞ്ഞാൽ അതേ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തത് ഒരേ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ മറ്റൊന്ന് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ സപ്ലയർ എന്താ പറയുക നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നിരിക്കണത് ഇനി നിങ്ങൾക്ക് കംപ്ലയിന്റ് പറയാൻ സാധ്യല്ല കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവണ്ടല്ലോ നമുക്ക് പണ്ടൊരു ഒരു എംപിയുടെ കഥ പറഞ്ഞതുപോലെ ഇങ്ങൊരു ഹോട്ടലിൽ പോയി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി ഇങ്ങനവിടെ ചെന്നിട്ട് ഓർഡർ ചെയ്തു സമൂസയ്ക്ക് ഓർഡർ ചെയ്തു സമൂസയിലാണെങ്കിൽ നിറയെ ഉരുളക്കിഴങ്ങ് കട്ടിരിക്കുന്നത് പൊട്ടറ്റോ ഇയാൾക്കാണെങ്കിൽ അത് പൊട്ടയാണ് എന്നുവെച്ചാൽ ഇയാൾ വയറിന് ആകാസുഖം ഉണ്ടാക്കുന്ന സാധനം ഇയാൾക്കത് വേണ്ടന്നുണ്ട് എന്തായാലും അതിന്റെ പുളം ഭാഗമൊക്കെ കഴിച്ചു സർദാർജി പറഞ്ഞതുപോലെ സർദാർജി ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്ത് അപ്പൊ മസാല ദോശയ്ക്ക് ദോശ മാത്രം കഴിച്ചില്ലേ മസാല കഴിച്ചു അപ്പൊ സപ്ലയർ മസാല മാത്രം കഴിച്ചില്ലേ ദോശ കഴിക്കാത്തത് അപ്പൊ അയാൾ പറയാണ് ഡോക്ടറിനെ പോലെ ബാഹക്ക കുച് കാനെയ്യുന്നു പുറത്തുള്ളത് കഴിക്കാൻ പാടില്ല അകത്തുള്ളതേ കഴിക്കാൻ പാടുള്ളൂ ദോശയുടെ ഉള്ളിലുള്ളതേ കഴിച്ചുള്ളൂ പുറത്തുള്ളത് കഴിക്കാൻ ഇതുപോലെ പുറത്തുള്ളതൊക്കെ കഴിച്ചു അപ്പൊ ഇയാൾക്ക് അറിയാം എന്താ ഓർഡർ ചെയ്യുന്നത് അപ്പൊ അടുത്തിരിക്കുന്ന ആൾ എന്താ ഓർഡർ ചെയ്യുന്നത് നോക്കി അയാൾ കഴിക്കുന്ന നല്ല സാധനമാണ് തോന്നി അപ്പൊ അയാള് പറഞ്ഞു റിപ്പീറ്റ് എന്ന് പറഞ്ഞു അപ്പൊ തോന്നി അങ്ങോട്ട് കഴിക്കുന്ന സാധനത്തിന്റെ പേര് റിപ്പീറ്റ് കൊടുത്തു അടിച്ചു വിട്ടു റിപ്പീറ്റ് എന്നാണ് മസാല സാധനം തന്നെ ഏത് ഈ സമോസയല്ലേ അയാളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യം ഇതല്ല എനിക്ക് വേണ്ടത് മറ്റേതാണ് വേണ്ടത് കൊണ്ട് കാര്യമില്ല തന്നത് തന്നെ ഇതുപോലെ നമ്മള് എന്ത് അർഹിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും കാമാനദസ്രം വിദരസി യു കാൻ അവോയ്ഡ് ഇറ്റ് പക്ഷെ അവിടെ കൊണ്ട് നിർത്തില്ലേ ഭഗവാൻ നമ്മുടെ ഭഗവാനിലേക്ക് നമ്മളെ സമർപ്പിക്കും തോറും പരമാനന്ദ സാന്ദ്രാം കൂടി തരുന്നുണ്ട് പരമാനന്ദഗതി ഭഗവാനിലേക്കുള്ള ഗതിയും കൂടെ തരുന്നുണ്ട് ഇത്തം നിശ്ചേഷ ഇത്ര ഇതെല്ലാം യാതൊരു എന്താണ് പ്രാർത്ഥനയും കൂടാതെ നിശേഷലഭ്യോ പൂർണ്ണമായി കിട്ടാനുണ്ടായിരിക്കേ പാരിജാതോ പാരിജാതമായിരിക്കുന്ന ഹരേ അങ്ങയുടെ അടുത്ത് വന്നിട്ട് ആളുകൾ ഇതിനുവേണ്ടി പ്രയത്നിക്കാതെ ക്ഷുദ്രന്ദം ചക്രവാടി ധ്രുവമപിരഷതി ചക്രവാടി എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ കൊട്ടാരത്തിലുള്ള സുഖങ്ങൾ ഇന്ദ്രഭോഗങ്ങൾ അതായത് ഒരു സ്വർഗത്തിലിരിക്കുന്ന ദേവന്മാരുടെ ഭോഗങ്ങൾ കാംക്ഷിക്കുന്ന ആളുകൾ ക്ഷുദ്രം തല്ലേ പറയേണ്ടത് വലിയത് കിട്ടാനുണ്ടായിരിക്കെ ആളുകൾ അങ്ങനോട് ചോദിക്കുന്നത് ചെറുതാണ് അവരെന്താ വിളിക്കേണ്ടത് വ്യർത്ഥമത്തെ പ്രചോദം അവരെ വ്യർത്ഥമാക്കുന്നുവല്ലോ അവരുടെ ജീവിതം ഭഗവാൻ ചോദിക്കാതെ തന്നെ തരുമെങ്കിൽ ചോദിക്കുന്നവരൊക്കെ ഭഗവാനോ അവരുടെ ജീവിതത്തെ വ്യക്തമാക്കി തീർക്കുകയാണ് ദേ ആർ യൂസ്ലെസ് ഗൈസ് എന്നാണ് പട്ടതിരിപ്പാണ് പറയുന്നത് അപ്പൊ ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരൊക്കെ എന്താ പറയേണ്ടത് ഈ ശ്ലോകം കേട്ടുകഴിഞ്ഞാൽ നിൽക്കുന്ന തോന്നുന്നത് ഒരു യൂസ്ലെസ് ഗൈസല്ലേ അമ്പലത്തിൽ പോകുന്നതൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരൊക്കെ അപ്പൊ നമ്മളൊക്കെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ ഗുരുവായൂരപ്പൻ എന്താ വിചാരിക്കേണ്ടവര് യൂസ്ലെസ് വരുന്നുണ്ട് എന്ന് അങ്ങനെയല്ലേ അദ്ദേഹം കാണുന്നുണ്ടാവുക ചിന്തിക്കുന്ന ഞങ്ങൾ ഈ ശ്ലോകം വെച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകരുത് സമർപ്പിക്കാൻ വേണ്ടി ആളുകൾ വളരെ ബിരുദന്മാരാണ് അവര് സമർപ്പിക്കും ഒരു രൂപ കിടക്കും ഗുരുവായപ്പ അവരുടെ എല്ലാ പ്രശ്നങ്ങളും അവർ ഒരു രൂപയിലേക്ക് ആവാഹിച്ച് അത് ഹുണ്ടികയിലിട്ട് കഴിഞ്ഞാൽ ആ ഭണ്ഡാരത്തിലിട്ടുകഴിഞ്ഞാൽ ഗുരുവായൂരപ്പ പിടിച്ചോ പിന്നെ ഡിമാൻഡുകളാണ് മകളുടെ അഡ്മിഷൻ മകന്റെ കാര്യം ഭാര്യയുടെ കാര്യം വീട്ടിലെ കാര്യം അമ്മയുടെ അച്ഛന്റെയും കാര്യമില്ല അവരോ പറയട്ടെ യൂസ്ലെസ് ഗൈഡ്സ് അവരോ നേരയില്ല ഇനിയിപ്പോ നമ്മളും കൂടി നേരെയേക്കാണ് അവര് വരുന്നത് അതൊന്നും കുറിച്ച് പ്രാർത്ഥിക്കില്ല ബാക്കിയുള്ളതൊക്കെ പ്രാർത്ഥിച്ച് നേരെ വിട്ടു ജ്യോത്സരടുത്തേക്ക് ഇനിയിപ്പോൾ എവിടെയെങ്കിലും കുറവുണ്ടോന്ന് അങ്ങോരങ്കിൽ അരതെ കിട്ടാൻ കാത്തിരിക്കുക അങ്ങോട്ട് പറഞ്ഞു ഗുരുവായൂരപ്പൻ എട്ടക്കെന്ന് നോക്കുന്നുണ്ട് പരമശിവൻ തീരെ നോക്കണില്ല കൊടുക്കൂ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്ന് അയാൾക്ക് വലിയ മനസ്സമാധാനം കാരണം അവിടെ വലിയ ചെലവൊന്നുമില്ല അഭിഷേകം വെള്ളം മാത്രമേ ഉള്ളൂ ധാര പത്ത് ലിറ്റർ ഒഴിച്ചാലും കുഴപ്പമില്ല വലിയ ചെലവില്ലാത്ത കാര്യമല്ലേ നേരെ മറച്ച് ഗുരുവായൂരപ്പന് ത്രീത്തി വരാൻ ഒരു സ്വർണ്ണക്കീടം കൊടുക്കണം എന്നുള്ള ഇയാളുടെ ഭാഗപ്പം പിടിക്കും നോക്കൂ നിങ്ങൾ എവിടേക്കാണ് ആളുകൾ എത്തിയിരിക്കുന്നത് ഇങ്ങനെ മുമ്പേ ഗമിച്ചീടിന ഗോതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം ഒരു പൊട്ടൻ ചെയ്യുന്നതല്ല ബാക്കിയുള്ള പൊട്ടന്മാരും ചെയ്ത് ഒരു പൊട്ടൻ ഇങ്ങനെ മുട്ടിയാൽ ബാക്കിയുള്ള പൊട്ടന്മാർ ഇങ്ങനെ തന്നെ മുട്ടു ഒരു അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്കത് കാണാം അത് വളരെ അത്ഭുതമാണ് ഞാൻ എവിടെയാണ് പോയ സമയത്ത് അവിടുത്തെ കമ്മിറ്റി പ്രസിഡന്റ് പറയാണ് ഈ അമ്പലം തുടങ്ങിയന്ന് ആളുകൾ ചന്ദനം വാങ്ങിച്ച് ബാക്കിയുള്ള ഒരു തൂണിൽ തേച്ചു ആ തൂണിൽ മാത്രമേ തയ്ക്കുള്ളൂ അത്രേ വേറെ എത്ര സ്ഥലങ്ങൾ അത് തേക്കാൻ ആ തൂണില് മാത്രം തയ്ക്കും ഇവരെ ആ ഒരു പതിനഞ്ച് പ്രാവശ്യം വൈദ്യവാഷ ചെയ്യൂരുക എന്നാലും അതില് എന്നാൽ അത് കളർഫുൾ ആയിട്ട് തേക്കുള്ളൂ അതിന്റെ മുകളിൽ ചന്ദൻ തേച്ചത് അടുക്കൊരു കുങ്കുമ്പം പൊട്ടും എന്തോ ഒരാണി നോക്കിയിരുന്നെങ്കിൽ അതിന്റെ മുകളിൽ മാലകോരും ചാർസ് അത്രയും ആളുകൾ ഒരാൾ ചെയ്തു വെക്കുന്നതാണ് ബാക്കിയുള്ളവർ പിന്നീട് ആചാരമായിട്ട് മാറുന്നത് അവിടുത്തെ പൂജാരി പറയാണ് എന്റെ മേല് തേക്കാനെന്ന് ബാക്കി കാരണം ബാക്കിയുള്ള ചന്ദനം ഇയാളുടെ മേലായിരുന്നു തേച്ചതെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഇയാളുടെ മേലെ തന്നെ വന്ന് തേക്കും നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇന്ന് ഹിന്ദു സംസ്കാരം നിൽക്കുന്നത് കാരണം നാം വേണ്ട വിധത്തിലല്ല അതിനെ കൊണ്ടു നടക്കുന്നത് പ്രാർത്ഥിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത് സമർപ്പിക്കലാണ് സമർപ്പിക്കുന്നു എങ്കിൽ നമ്മുടെ കൂടെ എപ്പോഴും ആരുണ്ടാവണം ഭഗവാൻ മനസ്സിലാവുന്നുണ്ടോ ഈ ശ്ലോകം നിങ്ങൾ ആർട്ട് പഠിച്ചു വെക്കണം ഇത് കുട്ടികൾക്ക് പോലും പറഞ്ഞു കൊടുക്കണം എന്തിനാ അമ്പലത്തിൽ പോകുന്നത് നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്ഥയഭ്യർദാന കാമാനജസ്രം വിതരസി ആനന്ദസാദ്രം ഗതി നിശേഷോ നിരവധി കവലപ്പാടിജാതോ ഹരേം ക്ഷുദ്രം തം ശക്രവാടീപമിഷമി പ്രജോജം അർത്ഥം മനസ്സിലായില്ലേ സംഭ്രാണ നമിക്കുന്നവരുടെ സതകം പൊരൈ അവരുടെ മുന്നിൽ എപ്പോഴും ഭഗവാൻ സന്നിധ്യത്ത് അനഭ്യർത്ഥിതാർതി ഒന്നും ചോദിക്കാതെ തന്നെ അവർക്ക് കാമാനകസ്രം കൊടുക്കുന്നു പോരാത്തതിന് പരമാനന്ദ സാന്ദ്രാം ഗതി ഇതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അവർ ചെയ്യേണ്ടത് എന്ത് മാത്രം നമ്രാണ് അല്ലേ ഇതൊക്കെ കിട്ടിയിട്ടും ചെറിയ കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ വ്യർത്ഥമത്യപ്രചോദം അവരവരുടെ ജീവിതത്തെ വ്യക്തമാക്കിക്കളി അപ്പൊ പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് ആദരവോടെയല്ല നാരായണത്തിൽ സ്മരിച്ചിരിക്കുക പ്രാർത്ഥിക്കുന്നവരെല്ലാം ഒരു താഴ്ന്ന തരത്തിൽ ഒരു ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള ഭക്തന്മാരാണ് അവരുടെ ജീവിതം അവര് വേസ്ഡാക്കി കളയുക എന്നാൽ തന്നെ തന്നെ ഭഗവാനിൽ സമർപ്പിക്കുന്നവരാണ് ഏറ്റവും ഉയർന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പൊ തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാവണം പിന്നീട് നമ്മൾ ആരായി തീരണം സമർപ്പിക്കുന്നവരായി ഈ ലെവലിലേക്ക് നമ്മൾ ഉയരണം അപ്പോഴാണ് നമ്മൾ ഉയരുന്നത് മനസ്സിലായില്ലേ ഇവിടുന്ന് മുതലെങ്കിലും നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ വേണ്ടാത്തതൊന്നും പ്രാർത്ഥിക്കരുത് ഭഗവാനോട് പറയാ നോ പ്രാർത്ഥിയില്ല അപ്പൊ അവിടുന്ന് അനൗൺസ് ചെയ്യും ആ അസുഖം ഈ പ്രാർത്ഥന ഈ അസുഖം ഈ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയില്ല ഒറ്റ കാര്യം ഭഗവാനെ എന്നെ തന്നെ അങ്ങി സമർപ്പിച്ചിരുന്നു എങ്ങനെയാണ് നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കപ്പെടുക അതെന്തുകൊണ്ടാണ് നമ്മൾ സമർപ്പിക്കാത്തത് കാരണം അടുത്ത ശ്ലോകത്തിൽ പറയുന്നു കാരുണ്യാൽ കാമമന്യം ദലുപരേ സ്വാത്മദസ്തം വിശേഷാൽ ഐശ്വര്യാദീശതങ്ങേ ജഗതിപരരനേ സ്വാത്മനോ ഭീഷരസ്തം തൊയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്തഭാഗ്യ ത്മാരാമേ വേതി അതുലഗുണഗണ താരശൗേ നമസ്തേ കാരുണ്യാൽ അന്യം കാമം ദതതി കൊല്ലു പറയെ മറ്റുള്ളവര് കാരുണ്യം കൊണ്ട് അന്യം കാമം ദതതി മറ്റു കാമങ്ങളെ കൊടുക്കും ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട് ഒന്ന് അന്യദേവതാ ഉപാസനകൾ ചില ആളുകൾ അവനവൻ വിചാരിച്ച കാര്യം പെട്ടെന്ന് നേടിയെടുക്കാൻ മറ്റു ദേവതകളെ ഉപാസിക്കും ചില ആളുകളുണ്ട് അങ്ങനെ ഗുരുവായൂരിൽ അവർ താമസിക്കുന്നത് പക്ഷെ മകളുടെ കല്യാണം നടക്കാൻ വേളാങ്കള്ളി മാതാവിന് പ്രാർത്ഥിക്കും എവിടുന്നാ പ്രാർത്ഥിക്കുന്നത് ഗുരുവായിരുന്നു അപ്പൊ അന്യദേവതകളെ കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ലോകത്തില് ഒരിടത്തിരിക്കുക വേറൊരിടത്തേക്ക് പ്രാർത്ഥന നേരിട്ട് അവിടുക്കെല്ലാം കുറേയൊക്കെ കാമങ്ങളെ കൊടുക്കാൻ സാധിച്ചു വരും അത്രയുള്ളൂ എന്നാൽ ഭഗവാനാണെങ്കിലോ തന്നെ തന്നെ ഭഗവാൻ സ്വാത്മതം തന്നെ തന്നെ നൽകുന്നവനാണ് ആര് ഭഗവാൻ മനസ്സിലായില്ല ബാക്കിയുള്ളവര് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ കൊടുക്കുമെങ്കിൽ തന്നെ തന്നെ കൊടുത്തുയർത്തുന്നവനാണ് അര് ഭഗവാൻ തന്റെ ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു കൂട്ടുകാരനും നമ്മുടെ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനുമായിട്ട് കൂട്ടുകൂടുന്ന സമയത്ത് കുറേയൊക്കെ നമ്മുടെ കാര്യങ്ങളെ നടത്തി തരാൻ ഒരുപക്ഷെ കൂട്ടുകാരന് സാധിച്ചില്ല എന്നാൽ നമ്മുടെ അച്ഛൻ കൂടെയുണ്ടെങ്കിൽ സ്വന്തം പിതാവ് കൂടെയുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് മോഹിക്കേണ്ട കാര്യമില്ല എപ്പോഴും മനസ്സിനൊരു ധൈര്യം തരാൻ ശക്തി തരാൻ ആരുണ്ട് അച്ഛൻ കൂടെയുണ്ട് ഒരാൾക്ക് ശക്തി പകരാൻ സാധിക്കും മറ്റൊരാൾക്ക് വിചാരിച്ച കുറെ കാര്യങ്ങളെ നടത്തി തരാൻ സാധിക്കും ഇന്ന് നമ്മുടെ അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ബന്ധങ്ങളാണ് നമ്മൾ മാനസികമായി ഉയരുന്ന ബന്ധങ്ങളല്ല ഒരു ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ഭാര്യയ്ക്ക് മാനസികമായി കുറയൊക്കെ സമാധാനമുണ്ടെങ്കിലും മനസ്സിന് ശക്തി തോന്നുന്നില്ല കാരണം മനസ്സിന് ശക്തി തോന്നാത്തതിന് കാരണം ഈ ബന്ധങ്ങളെല്ലാം തൽക്കാലത്തേക്ക് മാത്രമാണെന്നുള്ള ഒരു ബോധം ഉപബോധ മനസ്സിൽ എവിടെയോ കിടക്കുന്നുണ്ട് നമുക്കറിയാം ഇതൊന്നും ശാശ്വതമായി നമ്മുടെ കൂടെ ഉള്ളതല്ല എവിടെയോ ചില പ്രശ്നങ്ങൾ നമ്മൾ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് ഒരു വശത്ത് നമുക്ക് ബന്ധങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനിഷ്ടം ബന്ധുക്കളോടല്ല നമുക്ക് കൂടുതൽ അടുക്കാനിഷ്ടം ഈശ്വരനോടാണ് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം അവസാനം നമ്മുടെ കൂടെ ബന്ധുക്കളല്ല അവസാനം നമ്മുടെ കൂടെ ഈശ്വരൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊരു സത്യം നമ്മുടെ ഉള്ളിൽ നമ്മളോട് വിളിച്ചു പറയുന്നത് പക്ഷേ നമുക്ക് പെട്ടെന്ന് കൂടെ സാധിക്കുന്നില്ല കാരണം ഇതൊക്കെ വിട്ടുപോകാൻ ഇങ്ങനെ സാധിക്കും സാധിക്കുന്നുണ്ട് നമ്മളൊരു കൺഫ്യൂഷനിലാണ് അതാണ് സത്യം എന്നറിയാം പക്ഷെ ഇത് വിടാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിലും നമ്മൾ തിരിച്ചറിയൂ മറ്റുള്ളവർക്ക് കുറെ കാമങ്ങളെ തരാൻ സാധിക്കും മോഹങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കും പക്ഷേ അവർക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ ഉയർത്താൻ സാധിക്കില്ല മനസ്സിനെ ഉയർത്താൻ ആരിലേക്ക് തന്നെ തിരിയണം ഭഗവാനിലേക്ക് ഇനി മറ്റുള്ളവർ നമ്മളെ കാമങ്ങളെ സാധിപ്പിച്ചു തരുന്നതും അവരിലും ആരുള്ളതുകൊണ്ടാണ് ഭഗവാനുള്ളതുകൊണ്ടാണ് കാരണം ഒരു ശവത്തിന് മറ്റൊരാളുടെ കാമത്തെ സാധിപ്പിച്ചു കൊടുക്കാൻ സാധ്യമല്ല അല്ലേ നമ്മൾ ശരീരത്തോടാണ് അടുക്കുന്നതെങ്കിലും നമുക്കറിയാം ശരീരത്തോട് അടുക്കാൻ കാരണം ശരീരത്തിലൊരു ഈശ്വര ചൈതന്യം ഉള്ളതുകൊണ്ടാണ് നമുക്കും മറ്റൊരാളോട് അടുക്കാൻ കാരണം നമ്മുടെ ഉള്ളിലും ഈശ്വര സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് വാസ്തവത്തിൽ രണ്ട് ഈശ്വര അടുക്കുന്നത് പക്ഷെ നമ്മൾ അത് കാണുന്നില്ല നമ്മൾ കാണുന്നത് രണ്ട് ശരീരങ്ങളുടെ അടുപ്പം മാത്രമാണ് മനസ്സിലായില്ലേ ശങ്കരാചാര്യ സ്വാമികൾ പറയും ശരീരത്തെ ആയിരുന്നു നമ്മൾ സ്നേഹിച്ചതെങ്കിൽ ശരീരം മരിക്കുമ്പോഴും നമ്മൾ പേടിക്കരുത് ദുഃഖിക്കരുത് കാരണം ശരീരം മരിച്ചു കടന്നാലും അപ്പോഴും ഉണ്ട് പക്ഷെ നമ്മൾ എപ്പോ ജീവൻ പോകുന്നുവോ അതേ വ്യക്തിയെ കാണുമ്പോൾ പിന്നെ നമ്മൾ ദുഃഖിക്കുകയും കരയുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ആ വ്യക്തിയല്ല പോയിരിക്കുന്നത് വ്യക്തിയിലിരിക്കുന്ന ഒരു ചൈതന്യം പോയിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയും കാലം നമ്മൾ അടുത്തിരിക്കുന്നത് ആരോടായിരുന്നു വ്യക്തിയോടായിരുന്നെങ്കിൽ വ്യക്തി എപ്പോഴും ഉണ്ടല്ലോ വ്യക്തിയോടായിരുന്നില്ലേ നമ്മൾ അടുത്തിരുന്നത് അടുത്തിരുന്നത് മുഴുവൻ ആ വ്യക്തിയിലിരിക്കുന്നത് പക്ഷെ നമുക്ക് കാണാൻ സാധ്യല്ലത് അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ അന്തരാത്മാവായി ഭഗവാനെ കണ്ടുകൊണ്ട് ഉപാസിച്ചുകൊണ്ട് അതിലേക്ക് എടുക്കുന്നത് സ്വാത്മതത്വം വിശേഷാൽ അയാൾക്ക് എവിടെ ശരീരത്തെ വിട്ട് സൂക്ഷ്മമായി ഈശ്വരലേക്ക് എത്തിച്ചേരാം ഒരിക്കൽ നിങ്ങൾക്ക് സൂക്ഷ്മത പിടികിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൂക്ഷ്മതയെ നശിപ്പിക്കാൻ സ്ഥൂലതയ്ക്ക് സാധ്യമല്ല ഒരു ഭൂമി നശിച്ചാലും സ്പേസ് നശിപ്പിക്കില്ല മനസ്സിലായില്ലേ ഒരു ബൾബ് പൊട്ടിത്തെറിച്ചാലും അതിലെ കറണ്ടിനെ നശിപ്പിക്കാൻ സാധ്യമല്ല ഒരു മാറ്റർ നശിച്ചാലും അതിലുള്ള എനർജിയെ നശിപ്പിക്കാൻ സാധ്യമല്ല ഇതുപോലെ എന്റെ ശരീരം നശിച്ചാലും ഈ മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമായി ഒരിക്കലും നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ അച്ഛൻ മരിച്ചാലും അമ്മ മരിച്ചാലും നിങ്ങൾക്ക് വ്യക്തമാവും മരണം നടന്നത് ശരീരത്തിനാണ് അവന്റെ മനസ്സിനെ നശിപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല നിങ്ങൾ സ്ഥൂലതയെക്കുറിച്ച് ദുഃഖിക്കില്ല കാരണം നിങ്ങൾക്കറിയാം സ്ഥൂലത പോയാലും സൂക്ഷ്മത നശിക്കില്ല ഒരു കുടം പൊട്ടിയാലും നിങ്ങൾക്കറിയാം അതിലെ മണ്ണിനെ നശിപ്പിക്കാൻ സാധ്യമല്ല വ്യക്തത വരും നിങ്ങൾക്ക് ഈ വ്യക്തത വരുന്നത് വരെ നാം ആകർഷിക്കപ്പെടുന്ന ചൈതന്യത്തോടാണെങ്കിലും നമ്മുടെ ബന്ധങ്ങൾ മുഴുവൻ എതിനോടായിരിക്കും ശരീരത്തോട് ചൈതന്യത്തോടാവില്ല ദോ അട്രാക്ഷൻ ഈസ് ടുവേർഡ്സ് ദാറ്റ് സ്പിരിറ്റ് ബട്ട് വി ആർ അറ്റാച്ച് ദി ഫോം അതുകൊണ്ട് നമുക്ക് ഫോമിന് വല്ലതും പറ്റിയാൽ നമ്മുടെ മനസ്സിനും നല്ലതും സംഭവിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് കാമം തരാൻ സാധിക്കും ഉയർത്താൻ ആർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാൻ ജഗതി ഭരതാത്മനോരത്വം മറ്റുള്ളവർക്ക് പലവർ ഐശ്വര്യങ്ങൾ തരാൻ സാധിക്കും ഭർത്താവിന് ഭാര്യയ്ക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും അതുപോലെ മക്കളുണ്ടാവാൻ പറ്റും നല്ല നല്ല സുഖ തരാൻ ലോകത്തിലുള്ള പലർക്കും സാധിക്കും പക്ഷെ മനസ്സമാധാനം തരാൻ ഒരാൾക്കും സാധ്യല്ല അത് അവനവൻ തന്നെ വേണം കണ്ടെത്താൻ ഇന്ന് നിങ്ങൾക്ക് പലർക്കും മനസ്സമാധാനം ഉള്ളതിന് കാരണം പരിതസ്ഥിതി അനുകൂലമായതുകൊണ്ട് മക്കൾ പറഞ്ഞ അനുസരിക്കുന്നുണ്ട് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട് ഭാര്യ പറഞ്ഞാൽ അനുസരിക്കുന്നുണ്ട് ഇതെല്ലാം അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിയാൻ തുടങ്ങിയാലോ ഒരാള് പണ്ടി വിവേകാനന്ദ സ്വാമികള് രാമകൃഷ്ണപര ഹംസറിന്റെ അടുത്ത് എത്തിയിട്ട് ചോദിച്ചു ഹു ഇസ് ഗോഡ് വെർസ് ഗോഡ് ചോദിച്ചു വാട്ട്സ് ഗോഡ് അതിന് രാമകൃഷ്ണപരഹസർ പറഞ്ഞു ഗോഡ് ഈസ് ലവ് പറഞ്ഞു ഇഫ് ഗോഡ് ഈസ് ലവ് ഐ ക്യാൻ എക്സ്പീരിയൻസ് ഫ്രം മൈ ഹൌസ് മൈ മദർ ഈസ് ലവിംഗ് മീ അയാൾ മാരീഡ് അല്ല അമ്മയുണ്ടല്ലോ അമ്മ സ്നേഹിക്കട്ടോ ഇതേ പറഞ്ഞു ദാറ്റ് ലവ് ആൻഡ് ഡിസ് love, ഗോഡ്ലി ലവ് ഇസ് ഡിഫറന്റ് വാട്ട് ഡിഫറൻസ് അപ്പൊ മദർലി ലവ് ആണ് നിങ്ങൾ ഗോഡെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങൾ മദറെ സ്നേഹിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞ പോലെ മദർ നിൽക്കുന്നുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിനോട് ചോദിച്ചു നിങ്ങൾ മദറെ വെറുപ്പിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞൊന്നനുസരിക്കാതിരിക്കൂ എന്ത് ചോദിച്ചാലും പറയാ സൌകര്യമില്ല ചെയ്യാറുണ്ട് എങ്ങനെ ചെയ്തു നോക്കൂ കുറച്ചു ദിവസം കൊണ്ട് അതേ മകർ പറയും ശല്യം ഒന്ന് എഴുതി കിട്ടിയ നന്നായിരുന്നു അനുകൂലമായി നിന്ന മകർ പ്രതികൂലമായി നിൽക്കുന്ന സമയത്ത് അന്ന് നമുക്ക് സ്നേഹം തോന്നില്ല അപ്പൊ പിന്നെ ഗോഡ്ലീ ലാവും എന്ന് പറയാൻ പറ്റുമോ എന്നാൽ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യത്തിലും ആ സ്നേഹം കൂടെയുണ്ടാവും പ്രതികൂലമായ സാഹചര്യത്തിലും ആ സ്നേഹം അതാണ് യഥാർത്ഥമായ ഒരു സ്നേഹം അതുകൊണ്ട് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും കൈവിടുന്നതല്ല അതുകൊണ്ട് മറ്റുള്ളവർ ഐശ്വര്യങ്ങൾ സ്വാത്മനോ തന്നെ തന്നെ തന്നെ അനുഗ്രഹിക്കുന്നവനാണ് ഗുരുവായൂരപ്പൻ ഇപ്രകാരം തൊയ്യുച്ചേരാരമന്തി അങ്ങനെയുള്ള അങ്ങയിൽ രമിച്ചുകൊണ്ട് പ്രതിപഥമധുരേ ചേതനാത തന്റെ മനസ്സിനെ ആ ഭഗവാനിൽ രമിപ്പിച്ചുകൊണ്ട് ലയിപ്പിച്ചുകൊണ്ട് ആനന്ദമനുഭവിക്കുന്ന ആളുകൾ ഭഗവാനെ അവരാണ് ഭാഗ്യം ചെയ്തവർ കാരണം ആത്മാരാമ ഏവേതി ആത്മാരാമനായിരിക്കുന്ന അങ്ങയുടെ കൂടെ രമിക്കാൻ സാധിക്കുന്ന അവര് അവരും ക്രമേണാരായിത്തീരും ആത്മാരാമന്മാരായി തന്റെ ആത്മാവിൽ രമിക്കാൻ സാധിക്കുന്നവരായി തീർന്ന് അതുല ഗുണഗണ എല്ലാ ഗുണങ്ങൾക്കും അതീതരായി തീർന്ന് അപ്രകാരം ഭഗവത് പദത്തിലേക്ക് ഉയരുന്നവരായി തീരും അങ്ങനെയുള്ള ഗുരുവായൂരപ്പ ഉയർത്തുന്ന ഗുരുവായൂരപ്പ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു ഈശ്വരനോട് അടുക്കും തോറും ആത്മാവിലേക്കെടുക്കും ഈശദർശനം ആത്മദർശനം നിങ്ങൾ ഗുരുവായൂരിലേക്ക് പോകുന്നതോറും ഗുരുവായൂരപ്പനോട് അടുക്കും തോറും എവിടേക്ക് എടുക്കണം ആത്മാവിലേക്ക് വേണം ഗുരുവായൂരപ്പനെ അല്ലാതെ മറ്റൊന്നിനെയും നമ്മൾ ഉപാസിക്കരുത് അവിടെയാണ് ഹിന്ദുക്കൾക്കൊരു കൺഫ്യൂഷൻ വരുന്നത് അനവധി ക്ഷേത്ര സങ്കല്പങ്ങൾ ഉള്ളതുകൊണ്ട് രാവിലെ ഒരു ദൈവം പതിനൊന്ന് മണിക്ക് വേറൊരു ദൈവം ഉച്ചയ്ക്ക് വേറൊരു ദൈവം രാത്രിയിൽ വേറൊരു ദൈവം ഇങ്ങനെ ഓരോ മിനിറ്റ് വെച്ചിട്ട് ഗുളിക കഴിക്കുന്നത് പോലെയാണ് ദൈവസങ്കൽപ്പം ആകെ ഒരു കൺഫ്യൂഷൻഡ് പാർട്ടിയാണ് നമ്മൾ തിങ്കളാഴ്ച ഒരു ദൈവം ചൊവ്വാഴ്ച ഒരു ദൈവം ബുധനാഴ്ച ഒരു ദൈവം വ്യാഴാഴ്ച ഒരു ദൈവം വെള്ളിയാഴ്ച ഒരു ദൈവം ശനിയാഴ്ച ഒരു ദൈവം ഞായറാഴ്ച ഒരു ദൈവം കാരണം മുപ്പത്തി മുക്കോടി ദൈവങ്ങൾക്ക് കാണുന്നവരാണ് അമ്പലത്തിൽ പോയാൽ ആകെ കൺഫ്യൂഷനാണ് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കണോ നവഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കണോ കാരണം കേതു തിരിഞ്ഞു നിൽക്കുക ഗുരുവായൂരപ്പിനെ തിരിയാനൊന്നുമില്ല വാവും കൈയെല്ലാം എൻഗേജഡാണ് ശങ്കുചക്രകഥാപത്മങ്ങളെ കൊണ്ട് അങ്ങനെക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഗുരുവായൂരപ്പിനേക്കാളും ശക്തി കേതുവിനായി അതുകൊണ്ട് ഗുരുവായൂരപ്പനെ വലയം വെക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വലയം വെക്കുന്നത് കേതുവിലും അത് നോക്കാൻ തന്നെ ശരീര തന്നെ എനിക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഹിന്ദുക്കളുടെ ഇന്നത്തെ ആരാധനാക്രമം ആ ഒന്നിൽ തന്നെ മനസ്സങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല ഇതും മതി അതി എന്തിനാ വേണ്ടത് പക്ഷേ എപ്പോഴേക്കും കൺഫ്യൂഷനായി കാരണം ഈ ജ്യോതിഷ്യന്മാർ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം ശിവൻ വേറെയാണ് അയ്യപ്പൻ വേറെയാണ് നിങ്ങൾ ജനിച്ച നക്ഷത്രം അയ്യപ്പന്റെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കുലദേവ തന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഭൂരിപക്ഷം ആളുകളും ആധ്യാത്മിക കാര്യത്തിൽ കൺഫ്യൂസ്ഡായി അപ്പൊ അയ്യപ്പൻ വേണോ ഗുരുവായപ്പൻ വേണോ എന്നുള്ള എന്റെ സ്വാമി തുടക്കത്തിൽ ഞാൻ അയ്യപ്പ ഭക്തനായിരുന്നു നാരായണീയം പഠിച്ചതോടുകൂടി അപകടത്തിലായി ഇപ്പ എന്റെ മനസ്സ് അയ്യപ്പനിൽ നിന്നു ഗുരുവായ്പനെ ഇപ്പൊ എന്റെ മനസ്സ് ധ്യാനിക്കാനിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അയ്യപ്പൻ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ മതിയെന്ന് ഓരോ വിശത്ത് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ മതിയെന്ന് ഇതിന് പേതാ എനിക്ക് വേണ്ടത് നിങ്ങൾ പറയൂന്നു ഇപ്പെന്താണ് അവസ്ഥ അയാൾക്ക് കാണുന്നത് പകുതി അയ്യപ്പന്റെ രൂപം പകുതി ഗുരുവായൂരപ്പനാണ് എന്തായാലും ഇങ്ങനെ നമ്മളെ ഓരോസരും മാനസികമായി അതെന്തുകൊണ്ട് പറ്റുന്നു വ്യക്തത ഇല്ല ആത്മാവ് തന്നെയാണ് അര് ഉപാസിക്കുന്ന ഗുരുവായൂരപ്പൻ ഞാൻ അദ്ദേഹത്തോട് അടുക്കും തോറും ആത്മാവ് തന്നെയാണ് അതെങ്കിൽ നോക്കൂ ഇത് കണ്ണാടിയിൽ നോക്കുന്ന പോലെയാണ് നിങ്ങളുടെ മുന്നിൽ കണ്ണാടി വെച്ചിട്ട് നിങ്ങൾ കണ്ണാടിയല്ല നോക്കുന്നത് അണോ അതിന്റെ ഫ്രെയിമും അതിന്റെ ഗ്ലാസിന്റെ പവറുമാണോ നോക്കുന്നത് കണ്ണാടി നോക്കുമ്പോഴും നിങ്ങൾ നോക്കുന്നത് കണ്ണാടിയുടെ ഉള്ളിലേക്കാണ് നോക്കുന്നത് ആരെയാണ് നിങ്ങൾ കാണുന്നത് സ്വാത്മനം വിശേഷാൽ കാണുന്നത് നിങ്ങൾ കണ്ണാടിയുടെ മുകളിലല്ല പൊട്ടു തൊടുന്നത് കണ്ണാടി പൊട്ടുകൊട്ട് ഏമാക്കാറ് നിങ്ങളെ പൊട്ടു തൊടുന്നത് നിങ്ങളെ തെറ്റില്ല നിങ്ങളെ കണ്ണാടി നോക്കി ചിരിക്കുന്ന സമയത്ത് കണ്ണാടിയല്ലേ ചിരിക്കുന്നത് ആ ചിരിക്കുന്നതും നിങ്ങൾ തെറ്റില്ല വിഗ്രഹങ്ങളൊക്കെ കേവലമൊരു കണ്ണാടിയാണ് നിങ്ങളുടെ ആത്മാവിനെ കാണാൻ നിങ്ങൾക്ക് എത്ര കണ്ണാടി വേണം നിങ്ങളുടെ രൂപം കാണാൻ എത്ര കണ്ണാടി വേണം എത്ര കണ്ണാടി വേണം അതുകൊണ്ട് പറയും ഒരു കണ്ണാടിയുടെ മുന്നിൽ ഒരു കുട്ടി വന്നാൽ കുട്ടി ആസ്വദിക്കും ആ കുട്ടി കണ്ണാടിയിലുള്ള തന്റെ രൂപം കാണുമ്പോൾ കുട്ടി അതിന് ഉമ്മ വയ്ക്കും അതിനെ തുടാൻ ശ്രമിക്കും അല്ലേ വേറെ കണ്ണാടിയുടെ മുന്നിൽ ഒരു പട്ടി വന്നാലോ അത് കുറയ്ക്കാൻ അതിന്റെ വിചാരം അതിലിരിക്കുന്ന സാധനം വേറെയാണ് അത് അങ്ങോട്ട് കുറയ്ക്കുക അപ്പോഴേക്കും അവിടെ നിങ്ങട്ടൊരു വരാം ഇവിടുന്ന് അങ്ങോട്ടൊരു വരാം അവിടെ നിങ്ങോട്ടൊരു വരാം അവസാനം കുറച്ച് കുറച്ച് കുറച്ച് കുറച്ച് കണ്ണാടി നോക്കി കുറയ്ക്കുന്നത് പട്ടിയാണ് ഈ ഡോഗ് എന്നുള്ളത് തിരിച്ചിട്ടാൽ എന്താ വരിക ഗോഡ് എന്ന് വരും നിങ്ങൾക്ക് ഈ ലോകത്തെ നോക്കി കുറയ്ക്കാനും സാധിക്കും നിങ്ങൾക്ക് ഈ ലോകത്തെ നോക്കി ചിരിക്കാനും സാധിക്കും ലോകത്തെ നോക്കി നിങ്ങൾ കുറയ്ക്കാൻ തുടങ്ങിയാൽ നമ്മളുടെ നെവല അറിയാലോ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ ലോകത്തെ നോക്കി ചിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരേ കഴിഞ്ഞു ഗോഡേ നിങ്ങൾ എങ്ങനെ നോക്കുന്നു എന്നുള്ളതാണ് ഓരോ എന്താണ് ശരീരവും നമുക്ക് കുറെ കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു വിഗ്രഹം കണ്ണാടിയിൽ മാറണം പിന്നെ കുറെ കഴിഞ്ഞാൽ ഓരോ ശരീരവും എന്തായി മാറണം അത്രയും കണ്ണാടിയിട്ട് മാറണം കാരണം ഓരോ ശരീരത്തിലും നമ്മൾ കാണേണ്ടുന്നത് ആ ശരീരത്തെയൊക്കെ നിലനിർത്തുന്നത് നമ്മളിൽ തന്നെയുള്ളൊരു ചൈതന്യമാണ് അങ്ങനെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നവർ ഇങ്ങനെ ഉയർന്നുയർന്നുയർന്നു കുറെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കണ്ടാലും തോന്നുന്നത് ജോണ്ടിസം വന്നു കഴിഞ്ഞാൽ എന്താ കാണുക ജോണ്ടിസം വന്ന ആൾക്ക് എന്ത് കാണുമ്പോഴും മഞ്ഞ നിറത്തിലാ കാണുക ഞങ്ങൾക്ക് ജോണ്ടിസം വന്നു എന്നല്ലേ ഞങ്ങൾ ഈ മഞ്ഞ് ധരിക്കുന്നുണ്ട് ഇപ്പൊ ജോണ്ടിസം വന്ന ആൾക്ക് എന്ത് കാണുമ്പോഴും മഞ്ഞ നിറം എന്നതുപോലെ നമുക്കൊരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആരെ കാണുമ്പോഴും ഗുരുവായപ്പനെ പോലെ തോന്നും അപ്പോ ഗുരുവായപ്പൻ വന്നു ഗുരുവായ്പൻ ഇപ്പൊ നമുക്ക് തിരുത്താനായിട്ടാണ് തോന്നുന്നത് പലരെയും ഗുരുവായപ്പന്റെ അടുത്ത പോലെ എത്തിയിട്ടില്ല സന്ധ്യയ്ക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ നാമം ജപിക്കുന്ന സമയത്ത് ആ ഭർത്താവ് കയറി വരുന്ന സമയത്ത് തന്നെ പറയും നരനായങ്ങനെ ജനിച്ചു ഭൂമി വീടുകളിലൊക്കെ അങ്ങനെയാണ് അതായത് കേൾക്കത്തന്നെ പറയും നരകത്തിൽ നിന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ബാക്കി അപ്പൊ നമ്മൾ അങ്ങനെ ജീവിതത്തെ ആക്കിക്കഴിഞ്ഞു നമ്മുടെ ജീവിതം ഇപ്പൊ കുടുംബം എന്ന് പറയുന്നത് വേറെക്കുറെ നരകമാക്കി മാറ്റി ഇതൊന്ന് നമ്മൾ സ്വർഗമാക്കി മാറ്റണമെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരുന്നു അതിന് കാഴ്ചപ്പാട് മാറുന്നെങ്കിൽ എന്ത് വേണം അനവധി ദേവകളെയൊക്കെ ഉപാസിക്കുന്നത് മാറ്റി ഒന്നിൽ തന്നെ മനസ്സിലാക്കുക ഒരു വിഗ്രഹം എന്ന് പറയുന്നത് കണ്ണാടിയാണ് ഈശ്വദർശനം എന്ന് പറയുന്നത് ആത്മദർശനമാണ് ആത്മാവ് തന്നെയാണ് ഇതിലിരിക്കുന്നത് ഈശ്വരനിരിക്കുന്നത് ഇവിടെ കുട്ടിഞ്ചാത്തനെയും പിടിക്കേണ്ട ആവശ്യമില്ല ഒരു ചാത്തനെയും പിടിക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരാളു മനസ്സിലാവുന്നുണ്ടല്ലോ ഇതൊന്നും ഹിന്ദുക്കളുടെ തലയിലേക്ക് കയറില്ല കാരണം നമ്മൾ ജന്തുക്കളാണ് ജന്മനാ ജന്തുക്കളായിട്ട് ജീവിക്കും എന്ന് പ്രതിജ്ഞ ചെയ്ത് ജീവിക്കുന്നവരാണ് കാരണം അത്ര നമുക്ക് പറ്റില്ല കാരണം അത്ര കൺഫ്യൂഷനിലാണ് നമ്മളിരിക്കുന്നത് പിന്നെ ചിലരാണെങ്കിൽ കൺഫ്യൂഷനാക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ പൂജാമുറിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ് പലർക്കും കർപ്പൂരം കാണിക്കുമ്പോഴേക്കും പേടിയാണ് ഗണപതി കണ്ടു സുബ്രഹ്മണ്യം കണ്ടു അയ്യപ്പൻ കണ്ടു എന്ന് അതിനിടയിൽ എങ്ങാനും കെട്ടുപോയാൽ രണ്ടാമത് കത്തിച്ചിട്ടേ കിടക്കുള്ളൂ ഗണപതി കാട്ടില്ല അത്ര ഇവിടുന്ന് എങ്ങനെയാണ് കൺഫ്യൂഷൻ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരം നമുക്കില്ലാത്തതുകൊണ്ടാണോ കാരണം നിങ്ങൾക്ക് ഭക്തിയുടെ ഒരു സംസ്കാരം ബാഹ്യമായിട്ടുള്ള സംസ്കാരം മാത്രമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്നും മതി പറയുന്നു ഒരു മഹത്വം എന്ന് പറയുന്നത് ഐശ്വര്യം ശങ്കരാതീശ്വര വിനിയമനം തേജ സംഹാരി വീരം വിമലമബീയശോ നിഹയ്യോഭീരം അംഗാ സങ്കാ സാശ്രീ അഖിവിലസിന് കവിദേ സി മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോ സീശ്വര്യം ഗുരുവായൂരപ്പ ഹേ മുരഹര മുരനെ നശിപ്പിച്ചിരിക്കുന്ന ഭഗവാനെ ഇപ്പം ഗുരുവായൂരിൽ ഗുരുവായൂരപ്പനായി പ്രകാശിക്കുന്ന ഗുരുവായൂരപ്പ ഞങ്ങളുടെ ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങയുടെ ഐശ്വര്യം ഭഗവാൻ തരുന്നൊരു ഐശ്വര്യമുണ്ടല്ലോ ഭഗവാനോട് അടുക്കും തോറുമുള്ളൊരു ഐശ്വര്യമുണ്ടല്ലോ ശങ്കരാതീശ്വര വിനിയമനം ശങ്കരൻ തുടങ്ങിയിരിക്കുന്ന ദേവന്മാരെ പോലും വിനിയമനം ചെയ്യുന്നതാണ് എന്ന് വെച്ചാൽ എന്താർത്ഥം മറ്റുള്ള ദേവതമാരുടെ ഉപാസന കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്ന ഐശ്വര്യത്തെക്കാൾ ശ്രേഷ്ഠമായൊരു ഐശ്വര്യമാണ് ഏത് ഗുരുവായൂരപ്പന് കിട്ടുന്ന ഐശ്വര്യം എന്ന് വെച്ചാൽ മനസ്സിലായില്ല ഐശ്വര്യമെന്നാൽ മനസ്സിന്റെ അവസ്ഥ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും മനസ്സിനെയാണ് ഐശ്വര്യമുള്ള മനസ്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ തന്നെയാണ് ഉപാസിക്കുന്നതെങ്കിൽ സമാധാനവും ശാന്തിയും വളരെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവുന്ന അർത്ഥം നിങ്ങൾ ഒന്നിൽ തന്നെ മനസ്സുറപ്പിച്ചിട്ടില്ല എങ്കിൽ മനസ്സിൽ എളുപ്പം ശാന്തി സമാധാനവും കൊണ്ടുവരാൻ സാധ്യ നമ്മൾ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നത്തെ കുട്ടികൾ പറയുന്ന എനിക്ക് കോൺഫിഡൻസ് ഇല്ല ഈ കോൺഫിഡൻസ് ഇല്ലാത്തതിന് കാരണം മനസ് ഒന്നിൽ തന്നെ ദൃഢമായി ഉറപ്പിക്കുന്നില്ല ഇന്നത്തെ കുട്ടികൾക്കുള്ള ഒരു വിഷമം എന്ന് വെച്ചാൽ അനവധി വിഷയങ്ങൾ അതും അനവധി വിഷയങ്ങൾ ഒന്നിച്ച് തലയിൽ ഉറപ്പിക്കുക വളരെ പ്രയാസം ഇതെല്ലാം ഓർത്തു വെക്കണല്ലോ അപ്പോ ഒന്ന് മാത്രേ നമുക്ക് ഉറപ്പിക്കേണ്ടത് വളരെ പ്രയാസാണ് അതന്നെ ഉറപ്പിക്കാൻ പ്രയാസാണ് പലർക്കും ഒന്ന് തന്നെ ഒരേ കാര്യം തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി ചിലപ്പോൾ നമ്മുടെ നാവ് പഴയ്ക്കാം ഒരു തിരുവനന്തപുരത്തുകാരൻ പാലക്കാട് വന്നു ഫ്രണ്ടിന്റെ അടുത്തും ഫ്രണ്ട് മിലിറ്ററിയിൽ വർക്ക് ചെയ്താൽ അപ്പൊ പാലക്കാട് വന്നപ്പോ അവിടുത്തെ പാലക്കാട്ടുകാരന്റെ ഭാര്യ കൊഴക്കെട്ടുണ്ടാക്കി കൊടുത്തു അപ്പൊ ഇത് ഇദ്ദേഹത്തിനൊരു പുതുമെന്ന് തോന്നുന്നു കാരണം തിരുവനന്തപുരത്ത് ഭാഗത്ത് കുഴക്കെട്ടില്ല പാലക്കാട്ടുകാരന്റെ ഭക്ഷണമില്ല ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അരി ഇങ്ങനെ പൊടിക്കണം എന്നിട്ട് അതിങ്ങനെ എന്താണ് നാളികേരൊക്കെ പിന്നെ ഉണ്ടയാക്കണം എന്നിട്ട് അത് വെള്ളത്തിലിട്ട് പുഴുങ്ങണം പിന്നെ അത് വീണ്ടും അങ്ങനെ പല പറഞ്ഞു കൊടുത്തു പേരും പറഞ്ഞുകൊടുത്ത് കൊഴക്കട്ടാ ഞങ്ങളപ്പം ചൊല്ലാൻ തുടങ്ങി കൊഴക്കട്ട കൊഴക്കട്ടാ കൊഴക്കട്ട കൊഴക്കട്ട കൊഴക്കട്ട തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിരുന്നു ബസ് ഇറങ്ങുന്ന സമയത്ത് കഷ്ടകാലത്തിനൊരു പഴത്തോല്ലമുള്ള ആര് വെച്ചത് അറിയില്ല ആ കാലിന് പോകുന്നു ഹാ അമ്മേന്ന് പറഞ്ഞ ഒരു വീഴ്ച വീട് കുറച്ചു കഴിഞ്ഞപ്പോഴാ ബോധം വന്നത് എന്തായിരുന്നു ആ കുന്തത്തിന്റെ പേര് ഒഴക്കട്ടാണ് മുഴക്കട്ട മുഴക്കട്ട ഒഴക്കട്ട വീതം ഒഴക്കട്ടെ ഭാര്യയോട് എന്ന് വീട്ടിൽ ചെന്ന് പറഞ്ഞു എന്ന് പറയേണ്ടടി വീഴ്ച വീണു അവിടെ പോയി എന്നാലൊക്കെ പോകട്ടെ എനിക്ക് അവരുണ്ടാക്കിയ മുഴക്കെട്ട വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നീ ഒന്ന് ഉണ്ടാക്കി തരണം ഭാര്യ പറഞ്ഞു എനിക്കൊരു മണ്ണാങ്കട്ടെ അറിയില്ല എന്ന് എന്താ മുഴക്കെട്ട എനിക്ക് മനസ്സിലായില്ല എനിക്കതൊന്നും ഉണ്ടാക്കാനും പറ്റില്ല അറിയാത്ത സാധനം അവര് തമ്മിൽ ആകെ ബഹളായി ഭാര്യയെ പിടിച്ചൊരു തള്ളുകൊടുത്തു എനക്ക് അറിയും തേടിയിരുന്നു എന്തിന് പറയണോ വാതിൽ നിന്നൊരു കുറ്റിയുടെ മുകളിൽ ചെന്ന് തലയടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ തലയുടെ ഭാഗത്ത് വന്നു ഭാര്യ കരയാൻ തുടങ്ങി ഇയാൾ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു ആ കുഴക്കട്ടങ്ങൾ ഇതുപോലൊരു ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ആരും പ്രായോഗികയാക്കരുതേ വീട്ടിൽ ചെന്നിട്ട് അതുപോലെ ഒരു കട്ടയാണെന്ന് അപ്പോഴാണ് ഭാര്യ പറഞ്ഞത് മുഴക്കട്ട എന്നല്ല പറയാം കൊഴക്കട്ടാന്ന് പറയാന്ന് അങ്ങനെയൊരു കുത്തം അപ്പം ഈ സാധനം തന്റെ തലയിൽ വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയൊരു സാധനമാണ് ആരനുഭവിച്ചത് ഭർത്താവ് അനുഭവിച്ചത് ഇതുപോലെയാണ് ഭക്തിയിലെ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രായോഗികമായി വരാത്തോർത്തണം കാലം നമുക്ക് ഈ പറയുന്ന വാക്കുകളുടെ എന്നും അർത്ഥം എന്താണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഐശ്വര്യം എന്ന് പറയുമ്പോൾ പൊതുവെ പറയാ വീടും വീട്ടിലെ സൗകര്യങ്ങളാണ് ഐശ്വര്യം ഓ അടിപൊളി ഐശ്വര്യമാണ് എന്നാ പിന്നെ സമാധാനണ്ടോ അത് മാത്രമല്ല ആകാം നമുക്ക് ബാഹ്യമായ ഐശ്വര്യത്തെയാണ് പലരും എന്തായി കണക്കാക്കിയിരിക്കുന്നത് ഐശ്വര്യമായിട്ട് ഞാൻ ഐശ്വര്യമായിട്ട് കിടക്കുന്നത് പക്ഷെ ഐശ്വര്യമായിട്ട് ഉറക്കം വരാറില്ല എന്ന് മാത്രം ബാക്കിയെല്ലാം ഉണ്ട് അപ്പൊ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും ഉള്ളൊരു മനസ്സിനെയാണ് ഐശ്വര്യമുള്ളൊരു മനസ്സ് എന്ന് പറയും ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല ഇതാണ് വേണ്ടത് ഇതുണ്ടാവണമെങ്കിൽ എന്ത് വേണം നമ്മുടെ ഉപാസന ഏതെങ്കിലും ഒന്നിൽ തന്നെ ദൃഢമാക്കണം ഈവൺ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഉണ്ടല്ലോ ഏകാഗ്രത കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ തന്നെ മനസ്സ് ദൃഢമാക്കി വെക്കണം നോക്കൂ നിങ്ങൾ നിങ്ങളെ കുട്ടികളെക്കത് പരിശീലിപ്പിച്ച് നോക്കൂ ഒരു കാര്യത്തിൽ മാത്രം മനസ്സുറപ്പിക്കുക ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക അപ്പൊ ക്രമേണ നമ്മൾ ചിന്തിക്കും തോറും അത് നമ്മുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് ആളുകൾക്ക് പ്രേതത്തിൽ വിശ്വാസം വരുന്നത് കാരണം അനവധി പ്രേതങ്ങളിലേ പ്രേതമൊന്നേ ഉള്ളൂ എന്തുകൊണ്ടായിരിക്കും ദൈവത്തിന് വിശ്വാസം വരാത്തത് അനവധി ദൈവങ്ങളുണ്ട് അതുകൊണ്ട് ഒന്നും ഉറച്ചു കിട്ടില്ല നിങ്ങൾ വീടിന്റെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ നിങ്ങൾക്ക് അവിടെ എന്തോ അളകുന്നത് പോലെ തോന്നുകയാണ് അപ്പൊ ആരെങ്കിലും പറയണ നിങ്ങൾ വീട്ടില് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടില്ലേ ഇനി അതിന്റെ അടുത്തിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും മനസ്സിലൊരു പേടി വന്നു അവിടെ ഒരു പ്രേതമുണ്ട് പ്രേതസങ്കല്പം വേഗം ഉറച്ചു കിട്ടും കാരണം അനവധി പ്രേതങ്ങളില്ല നേരെ കുറച്ച് അവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനായി ഗുരുവായൂരപ്പനായിരിക്കും അവയ്യപ്പനായിരിക്കും അല്ല ഇവിടെ ക്ഷേത്ര ലക്ഷ്മിനാരായണൻ അല്ലെന്നാ പിന്നെ അതായിരിക്കാം ഇങ്ങനെ അനവധി അനവധി ചിന്തകൾ വന്ന് ദൈവമുണ്ട് എന്ന് ഉറപ്പിക്കില്ല ആരുണ്ടെന്ന് ഉറപ്പിക്കും പ്രേതണ്ട് എന്ന് അത് വേഗം സാധിക്കും അതുകൊണ്ടാണ് പലർക്കും പ്രേതചിന്ത വേഗം പിടികിടുന്നത് പ്രേതത്തെ വേഗം ഉൾക്കൊള്ളാൻ പറ്റുന്നത് ദൈവത്തിനെ അത്ര വേഗം ഉൾക്കൊള്ളാൻ പറ്റാത്തതിന് കാരണം മനസ്സങ്ങനെ ഒന്നിൽ ഉറപ്പിക്കുന്നില്ല നോക്കൂ നിങ്ങളൊക്കെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയാണ് കുട്ടിക്കാലത്തെ നമ്മൾ ഉറപ്പിച്ചു വന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെ ആരുണ്ടാവുമായിരുന്നു ഭഗവാൻ ഉണ്ടാവുമായിരുന്നു ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പം മാത്രമല്ല ബാക്കി എല്ലാവരും ഉണ്ട് അതാണ് ഇപ്പോഴത്തെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്നും അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് ഒരു കാര്യം മാത്രം കിട്ടില്ല സമാധാനം ശാന്തി രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു രൂപ ഇടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുമുണ്ട് ഇതാണ് പലരുടെയും അവസ്ഥ അമ്പലത്തിൽ പോകുന്നുണ്ട് റെഗുലറായിട്ട് പക്ഷേ ഇതിലേക്കൊക്കെ നനസ് ധരിക്കൂ ഐശ്വര്യം ശങ്കരാധീശ്വര വിനിയമനം മറ്റുള്ള ദേവന്മാരെക്കാൾ ഐശ്വര്യം ആർക്കൊണ്ട് എന്താ അങ്ങനെ കമ്പയർ ചെയ്യാൻ കാരണം കാരണം ഒന്നിൽ തന്നെ മനസ്സുറയ്ക്കും തോറും മനസ്സതിലേക്ക് വേഗം അടുക്കും വിശ്വതേജോഹരാണം തേജസ് മറ്റുള്ള തേജസ്സിനെ സംഹരിപ്പിക്കാൻ സാധിക്കുന്നവരെക്കാൾ വീര്യം ആർക്കുണ്ട് ഗുരുവായൂരപ്പനുണ്ട് വിമലനബിയേശോ ഭഗവാന്റെ യശസ്സാണെങ്കിലോ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായ യശസ്സാണ് നിസ്പൃഹന്മാര് അവിടുത്തെ ഗീതത്തെ പാടുന്നു ഇപ്രകാരമുള്ള അങ്ങയെ സ്തുതിക്കുന്നു ഭഗവാനെ ഇനി സ്ത്രീയാണെങ്കിലോ ലക്ഷ്മിയാണെങ്കിലോ സദാസംഗ ആരുടെ കൂടെയും അവള് നിൽക്കില്ലേ പക്ഷെ അങ്ങയുടെ കൂടെ എപ്പോഴും ആരുണ്ട് ലക്ഷ്മി വസിക്കുന്നുണ്ട് ഇപ്രകാരം സംഘവാർത്ത ആരുടെ കൂടെയും ഒരു സംഘമില്ലാത്ത അങ്ങയ്ക്ക് എപ്പോഴും എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന അങ് സ്വതന്ത്രനായിരിക്കുന്ന അങ്ങെ ആരു വാസിക്കുന്നുവോ ഐശ്വര്യങ്ങളും വീര്യവും യശസ്സും കീർത്തിയും ഇതെല്ലാം ഭഗവാനെ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ ഞാൻ സദാ ആശ്രയിക്കുന്നു ഒന്നിൽ നമ്മുടെ മനസ്സ് കുറയ്ക്കും തോറും കൂടുതൽ കൂടുതൽ മനസ്സതിലേക്ക് അടുത്തിരിക്കും കൂടുതൽ മനസ്സെടുക്കും തോറും യശസ്സും കീർത്തിയും ശക്തിയും ധൈര്യവും കൂടി വരും എനർജി ഒന്നിലേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്യുമോറും ഉദാഹരണത്തിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ കെമിസ്ട്രി ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിക്കുമ്പോൾ സൂര്യന്റെ കിരണം കൊണ്ട് കോട്ടൺ കത്തിക്കുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ആരെങ്കിലും സൂര്യന്റെ കിരണം കൊണ്ട് കോട്ടൺ ആ കോട്ടൺ കത്തിക്കണമെങ്കിൽ സൂര്യന്റെ കിരണത്തെ ലെങ്തിലൂടെ കടത്തിവിടണം അതെത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് സിംഗിൾ ഡയറക്ഷനിൽ വരുന്നോ അത്രത്തോളം ഹീറ്റ് ജനറേറ്റ് ചെയ്യും ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യും തോറും വേഗം കത്തും കണ്ടില്ലേ സീസൺ ഇല്ലേ നിങ്ങളല്ല ഇതുപോലെയാണ് ഒരേ മനസ്സ് നമ്മൾ ഒരേ ഈശ്വര രൂപത്തിലേക്കും തത്വത്തിലേക്കും നമ്മൾ കൊടുക്കുന്തോറും അതിന്റെ ശക്തി വളരെ കൂടുതലായിരിക്കും അത് അനവധി ഡയറക്ഷനിൽ പോകുന്നതോറും മനസ്സിന്റെ ശക്തി കുറവായിരിക്കും പലരും ആധ്യാത്മികമായി ഉയരാത്തതിന് കാരണം അവരുടെ മനസ്സ് അനവധി ദേവദാ സങ്കല്പങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് ഒരേ വെള്ളത്തെ നമ്മൾ ഒരു പൈപ്പിലൂടെ മാത്രം കടത്തി ആ പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിന് ഫോഴ്സ് അധികമായിരിക്കും അത് പൈപ്പിലൂടെ നമ്മൾ കടത്തി അതിന്റെ ഫോഴ്സ് വളരെ കുറവായിരിക്കും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ ഇത് തന്നെയാണ് ഏതിലുമുള്ളത് ഉപാസനയുടെ കാര്യത്തിലും ഒരു രൂപവും ആ രൂപം തന്നെയാണ് നമ്മുടെ ആത്മാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉയർന്നു കഴിഞ്ഞാൽ എളുപ്പം ആധ്യാത്മികമായി ഉയരാൻ സാധിക്കും ഇപ്രകാരം പറഞ്ഞ് ഈ ദശകം ഉപസംരിപ്പിക്കുന്നു ഇനി ആ ഹൃദയത്തിലിരിക്കുന്ന തത്വത്തെ ഇവിടെ ഗുരുവായൂരപ്പന്റെ രൂപത്തിൽ കണ്ടുകൊണ്ട് ഉപാസിക്കുകയാണ് ഭക്തതിരിപ്പാട് അതാണ് രണ്ടാമത്തെ ദശകം അതിമനോഹരമായിട്ട് രണ്ടാമത്തെ ദശകം നമ്മൾ പഠിപ്പിക്കുന്നു ആത്മാവ് തന്നെയായിരിക്കണം നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയും തന്റെ മുന്നിലിരിക്കുന്ന ഈശ്വര രൂപം ആരായിട്ട് കാണണം നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവ് തന്നെയായി കണ്ടുകൊണ്ട് നമുക്ക് ഉപാസിക്കാൻ സാധിക്കണം അങ്ങനെ നമ്മൾ മനസ്സിനെ അതിലേക്ക് അടുപ്പിക്കൂ സൂര്യസ്പർധിഗിരീഠമൂർധതിലക പ്രോൽഭാസിഫാലം കാരുണ്കുലേത്രമാദ്രഹസിതോല്ലാസം സുനാസാപുടം ഖണ്ഡോദ്യന്മകരാപകുണ്ഡലയുഗം കണ്ടോചലൽ കൗസ്തുഭം ൊൽപം വനമാല്യഹാര പടല ശ്രീവൽസീ പ്രജേ പ്പനെ തന്റെ കണ്ണു മുമ്പിൽ കണ്ടുകൊണ്ട് പട്ടതിരിപ്പാട് തുടങ്ങുന്നത് സൂര്യ്പർദി കിരീടം സൂര്യന്റെ ശോഭയേക്കാൾ പതിന്മടങ്ങ് ശോഭയുള്ളൊരു കിരീടം ശ്രദ്ധ മുഴുവനെ എങ്ങോട്ട് കൊണ്ടുവന്നു രേജോമയമായിരിക്കുന്ന ഒരു കിരീടത്തിലേക്ക് ഇങ്ങനെ നമ്മൾ കൊണ്ടുവരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ശോഭയെല്ലാം എവിടെ വരും നമ്മുടെ മനസ്സിൽ തെളിയും എത്രത്തോളം നമ്മുടെ ശോഭ മനസ്സിൽ തെളിയുന്നു അത്രത്തോളം നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളും വിഷമങ്ങളും കാർമ്മികങ്ങളും നീങ്ങിക്കിട്ടും ഒരു തേജസ് നമ്മുടെ ഉള്ളിൽ നിറയും ഇത് ഒരുതരം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റാണ് ദ മോർ വി തിങ് പോസിറ്റീവ് തോട്ട്സ് ദാറ്റ് മീൻസ് അവർ മൈൻഡ് വിൽ ബി ടേൺ ടു പോസിറ്റീവ് ഒരു പോസിറ്റീവ് എനർജിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതോറും മൈൻഡ് എന്തായി മാറും പോസിറ്റീവായിട്ട് നിങ്ങൾ ദുഃഖങ്ങളെയും വിഷമങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു മനസ്സ് കുറെ കഴിഞ്ഞാൽ നെഗറ്റീവായി മാറും മനസ്സിലായില്ലേ ഇപ്പൊ രാവിലെ എണീറ്റം കൊണ്ട് കുറച്ചു നേരം ധ്യാനിക്കും തോറും എല്ലാവിധ നെഗറ്റീവ് ചിന്തകളും മനസ്സിൽ നിന്നോട്ട് മാറി മനസ്സിൽ എന്തുമാത്ര പോസിറ്റീവായൊരു എനർജി അതാണ് ഭഗവാന്റെ കിരീടം തേജോമയമായിരിക്കുന്ന കിരീടം അന്ധകാരം മുഴുവൻ പോയി നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ആരെ കൊണ്ടുവന്നു ഭഗവാനെ കൊണ്ടുപോകുന്നു നമ്മുടെ കുട്ടികൾക്കൊന്നും സമയമില്ല അവർക്ക് രാവിലെ എണീറ്റ ഓടണം കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കാനൊക്കെ പഠിക്കണം അപ്പോഴാണ് മനസ്സ് കൂടുതൽ ശക്തി ഉള്ളതായിത്തീര് ഏത് പ്രശ്നം വരുമ്പോഴും എന്റെ കൂടെ ഭഗവാനുണ്ട് വെറുതെ പറയാനാവില്ലേ നമുക്ക് അനുഭവം കൊണ്ട് ബോധ്യോ മനസ്സിലായിലേ ഈ ക്രൈസിസ് എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ല എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ബോംബ് വെക്കുക എന്നുള്ള അവസ്ഥയാണ് പകുതി ആളുകൾ മരിക്കുന്ന ബോംബ് സ്ഫോടനം കൊണ്ടല്ല അടുത്ത ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വന്നാൽ തന്നെ വിൽക്കുവാനുള്ള ആൾക്കാർ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും നോക്കൂ നിങ്ങൾ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ക്ഷമയില്ല ഇവിടെ ഈ എയർപോർട്ടിൽ ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എച്ച് എൻ എയർപോർട്ടിൽ പണ്ട് ഒരു ഫ്ലൈറ്റ് എടുക്കുകയാണ് ടേക്ക് ഓഫ് ചെയ്യാണ് ആ സമയത്ത് പട്ടി ക്രോസ് ചെയ്തു സാധാരണ പട്ടി എന്താവില്ല എയർപോർട്ടിൽ എന്തെങ്കിലും അറിയാൻ അതിനുള്ളിൽ പെട്ടു പൈലറ്റിന്റെ ബാലൻസും പോയി കാരണം പട്ടിയുടെ വേലെങ്ങാനും വീല് കയറി കഴിഞ്ഞാൽ അത് ചതഞ്ഞാലെയും അതിൽ പെട്ടു കഴിഞ്ഞാൽ സ്ലിപ്പ് പോവും ഫ്ലൈറ്റ് പോയി കയ്യിൽ നിന്ന് അത് റൺവേന്ന് വിട്ടിട്ട് നേരെ ഗ്രൌണ്ടിലേക്ക് കയറി ആകെ അപകടമായി അലാറം അടിച്ചു ആകെ അപകടത്തിന്റെ സയൊക്കെ അടിച്ച് സയറൻ അടിച്ച് പകുതി ആൾക്കാർ ഫ്ളൈറ്റിനുള്ള അപകടത്തില്ല കാരണം അവർ ഉയരപ്പത് കത്തും ചാവും എന്നുള്ളതാണ് എമർജൻസി ഡോറ് തുറന്നു അവർ അനൌൺസ് ചെയ്തിട്ട് ആരും ബഹളം വെക്കരുത് പതുക്കെ ചെയ്യാവൂ എന്നാ ആർക്കും അപകടം ഇല്ലാതെ രക്ഷപ്പെടാന്ന് നോക്കണേ ഓരോരുത്തർ ചാടുകയാണ് പുറത്തേക്ക് ഇത്ര ഉയരത്തില് ബോധമില്ല എന്ന് പറയുക കാരണം മനസ്സ് ബാലൻസഡല്ല അപകടം എന്ന് പറയുമ്പോഴേക്കും മനസ്സിന്റെ താളം തെറ്റി ബോംബ് വെച്ചു എന്ന് പറയുമ്പോഴേക്കും ഇവർ കാള പറ്റൂ എന്ന് പറയുമ്പോഴേക്കും കയറിടുത്തോടുന്ന പോലെയാണ് കേട്ടാൽ മതിയോ ശരി എന്താ ചോദ്യം പിന്നെയാണ് അവിടെ എത്തിയപ്പോഴേക്കും ഓടി ഇങ്ങനെയൊരു ക്ഷമയില്ലാത്ത മനസ്സ് ആ ടെൻഷനുള്ള മനസ്സ് അത് ചിലർക്കാണെങ്കിലും ഈ സാധന തീരെ ഇല്ലല്ലോ മനസ്സിന് ക്ഷമ എന്ന് പറയുന്നത് രാവിലെ തന്നെ ജീവിതം തുടങ്ങുന്ന ക്ഷമയില്ലാതെയാണ് ഉള്ളതെല്ലാം കഴിച്ചു പിഴുങ്ങി ഓടുകയാണ് ഓഫീസിലേക്ക് അവിടെ എത്തിയിട്ടാണ് ഓർക്കുന്നത് അതെടുത്തിട്ടില്ലേ അതെടുത്തിട്ടില്ല എന്ന് നോക്കൂ നിങ്ങൾ ഇന്ന് എവിടെ എത്തി ഓരോരുത്തരുടെയും ജീവിതം നല്ലത് അങ്ങനെ നമ്മൾ ജീവിതത്തെ കൊണ്ടുപോകുമ്പോ അതിനെ കുറെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ നമ്മൾ മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരണം ഈശ്വരീയമായിട്ടുള്ള ചിന്തയിലേക്ക് രാവിലെ തന്നെ എണീറ്റ് കുളി കഴിഞ്ഞൊരു കുറച്ചുനേരം ധ്യാനത്തിലൂടെ തുടങ്ങണം ആരെയാണ് ധ്യാനിക്കേണ്ടത് സൂര്യസ്പർധിഗിരീതം ആദ്യം തന്നെ ആരെ കാണണം തേജോമയമായിരിക്കുന്ന ഒരു വിഗ്രഹത്തെ കാണണം ഊർധതിലകം പിന്നെയും കൊണ്ട് കാണണം നെറ്റിത്തടം കാണണം നെറ്റിയിലാണെങ്കിൽ മുകളിലേക്ക് വരച്ചിരിക്കുന്ന ഒരു കുറി പ്രോത്ഭാസിവാലാന്തരം നെറ്റിത്തടത്തെ ശോഭിച്ചുകൊണ്ട് ആ കുറിയും കിരീലിരിക്കണം കാരുണ്യാകുലനേത്രം അടുത്തത് വരുന്നത് കാരുണ്യത്തോടുകൂടി തന്നെ നോക്കുന്ന ഒരു ചിത്രം ദേഷ്യപ്പെട്ടിട്ടല്ല ഭഗവാൻ നോക്കണത് കാരുണ്യത്തോടുകൂടി നോക്കണം ആർദ്രഹസിതം തന്റെ നേരെ നോക്കി പുഞ്ചിരിക്കുന്നു അത് കണ്ടാൽ തന്നെ ലൈറ്റ് ആയില്ല ആള് രാവിലെ തന്നെ നിങ്ങളുടെ മുഖത്ത് നോക്കിയ ഒരാള് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പകുതി ടെൻഷൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളും ടെൻഷൻ അടുത്ത ആൾക്കും ടെൻഷനാണെങ്കിലോ ഇപ്പൊ ഭർത്താവ് രാവിലെ തന്നെ ഫുൾ ടെൻഷനിലിരിക്കാണ് ആ സമയത്ത് ഭാര്യ പറയാം എനിക്കും ടെൻഷനായിട്ട് അറിയില്ല എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് രണ്ടുപേരും ടെൻഷനാണെങ്കിലോ വീട് മൊത്തം കുറച്ച് ഭർത്താവ് അത്ര ടെൻഷനില് നിൽക്കുന്ന സമയത്ത് ഭാര്യ പുന്തിരിച്ചുകൊണ്ട് ഒരു കാപ്പി കഴിക്കും പകുതി ടെൻഷൻ അവിടെ കഴിഞ്ഞു ഭാര്യയ്ക്ക് തന്നെ ടെൻഷനായിട്ടാണ് ഇരിക്കുന്നതിന് ഈ കാപ്പിക്ക് പകരം കാപ്പിയാണ് ചോദിച്ചിട്ടുണ്ടാവ് എന്താ കൊടുത്തതെന്ന് ഒരു വെള്ളം ഇതെന്താണ് ഇനി കലക്കി തന്നിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളത് മകനെ കൊടുക്കാനുള്ള കഷായാണ് ഭർത്താവിനോട് കൊടുത്തിരിക്കുന്നത് ടെൻഷനിലറിയുന്നില്ലേ എന്താ കൊടുക്കാനുള്ളത് ഇതാണ് മിക്കവാറും പലരുടെയും വീടുകളിലൊക്കെ നടക്കുന്നത് കാരണം ടെൻഷൻ കൊണ്ട് മറ്റുള്ളവർക്ക് കൂടി ടെൻഷൻ കൊടുക്ക രാവിലെ തന്നെ കുട്ടികളെ അത് ഇയാളെയും ടെൻഷനിലാണ് ഇയാളെ ലേറ്റായിട്ടാണ് എണീറ്റിരിക്കണ നീ അതിനെയും ടെൻഷനാക്കി എന്നിട്ട് അതിനെ പിടിച്ച് നേരെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ടു കുളിക്കണം എങ്ങനെങ്കിലൊക്കെ ഡ്രസ്സ് ലിപ്പിച്ച് കൊണ്ടുപോയി വി ഓഫ് സ്കൂളിൽ എത്തപ്പോഴാറിയ ഷർട്ട് മറച്ചിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓരോ ആളുകളുണ്ട് ആ ടെൻഷനിൽ ഓരോ അത്ഭുതങ്ങളൊക്കെ കാണിച്ച് വരുന്ന ആളുകളുണ്ട് കേട്ടോ ഞാൻ അടുത്ത കാലത്ത് ഒരു അനുഭവം പറയുന്നത് ഒരു പാർട്ടി എന്റെ കൂടെ വന്നു ഒരു സ്ഥലത്തേക്ക് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നോട് പറയുന്നത് ഒരു നിമിഷം നിൽക്കണമോ എന്ത് പറ്റിയിരുന്നു ഷർട്ട് മറച്ചിട്ടുള്ള രീതി തന്നെ ടെൻഷനിലറിഞ്ഞില്ല അവിടും എടുത്തിട്ടും ഓടലിലും കഴിഞ്ഞ് പെട്ടെന്ന് രാവിലെ തന്നെ ദിവസം തുടങ്ങേണ്ടത് ടെൻഷനില്ല രാവിലെ തന്നെ ദിവസം തുടങ്ങേണ്ടത് രാവിലെ എണീറ്റ് കുറച്ചു നേരം ആർക്കു വേണ്ടി ചെലവഴിക്കണം മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ച് രാവിലെ തന്നെ ന്യൂസ് എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ബോംബ് സ്ഫോടനം എന്ന് പിന്നെ മനസ്സിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കാണ്ടിരിക്കൂ അതൊക്കെ കുറച്ചു നേരം കഴിഞ്ഞ് ആദ്യം തന്നെ ചിലര് രാവിലെ എണീക്കുന്ന ധ്യാനം ചെയ്യുന്നത് മുഴുവൻ ചായ ചായ ചായ ചായ എന്നുള്ള ശബ്ദത്തിലാണ് കാരണം ഇത് ഇങ്ങനെ തലയ്ക്കടിച്ചാലേ അവർക്ക് അന്നത്തെ ദിവസം ആരംഭിക്കും ചായയിലാണ് അവർ അതുകൊണ്ട് ഈ ശുക്ലാംബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം ഈ മന്ദരം രാവിലെ ചൊല്ലണം എന്ന് പറയും അതിനൊരു തമാശയുള്ളൊരർത്ഥമുണ്ട് ശുക്ലാം ബരതരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്താണത്രേ രാവിലെ തന്നെ ചൊല്ലേണ്ടത് ശുക്ലം സംസ്കൃതത്തിൽ വെളുപ്പ് നടത്താം വിഷ്ണു എന്ന് പറഞ്ഞ കറുപ്പ് നിറത്തം അപ്പൊ കറുത്ത ചായയിൽ വെളുത്ത പാലൊഴിക്കുമ്പോ ശശിവർണം കിട്ടുമോ അത്ര കൂടിക്കലർന്ന നിറം ചതുർഭുജം എന്നാൽ ഭാര്യ ചായ കപ്പിലൊഴിച്ച് രണ്ട് കൈകൊണ്ട് പിടിച്ചുകൊണ്ടുവരുന്നു ഭർത്താവ് രാവിലെ തന്നെ രണ്ട് കൈകൊണ്ട് ഭാര്യയുടെ കയ്യിൽ നിന്നും കാപ്പി മേടിക്കുന്നു ചതുർഭുജം ഭാര്യയുടെ രണ്ട് കൈയും ൂർത്തലകാലോ എന്നൊരു മനോഹരമാണ് നോക്കും പുഞ്ചിരിക്കുന്ന ഒരു രൂപം രാവിലെ തന്നെ മനസ്സിൽ കണ്ട് അവിടെ ഇങ്ങോട്ട് നിൽക്കരുത് ഖണ്ഡോദ്യന്മകരാവുണ്ടുഗം രണ്ട് കുണ്ടലങ്ങളാൽ ശോഭിക്കുന്ന ആ മുഖം അതിശോഭയുള്ള മുഖം പിന്നെയോ കണ്ടോജൽ കഴുത്തിൽ നിറഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും കൌസ്തുവം എന്ന മണിയും പോരാത്തതിന് തൊൽരൂപം വനമാല്യഹാരപടലം വീണ്ടും കഴുത്തിലെന്തുകൊണ്ട് തേജോമയമായിരിക്കുന്ന ആ ഒരു വനമാലയുമുണ്ട് ഈ രൂപത്തെ ഞാൻ രാവിലെ ശ്രീവത്സവത്തോടുകൂടിയ ഭഗവാന്റെ ആ രൂപത്തെ ഞാൻ ഭജിക്കും എന്നിട്ടോ കെയോരാദഗങ്കണോത്തമ മഹാരത്ംഗുലീയങ്കിത ശ്രീമൽബാഹുജതുഷസംഗദഗദാശങ്കി പങ്കേരുഗിൽ കാഞ്ചന കാഞ്ചിഞ്ഞ്ജിലസാര പീതാംബരാളംബിനീ ആലംബേ വിമലംബുജതിപദാ മൂർത്തിവാ തിച്ഛ ൂരാംഗത കങ്കണോത്തമ മഹാരത്നാങ്കുലീയാങ്കിത ഭഗവാന്റെ ആ കൈകളിൽ തോൾവളകളുണ്ട് കൈകളിൽ അടിഞ്ഞിരിക്കുന്ന വളകളുണ്ട് അങ്കുലീയങ്ങളിലുള്ള മോതിരങ്ങളുണ്ട് ഇപ്രകാരം ശ്രീമൽ ബാഹുചതുഷ്ക ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ തൃക്കൈകളിൽ നാല് ഗതാശങ്ക പങ്കേരുകാം ശങ്കുചക്ര ഗതാപത്മങ്ങളുണ്ട് ഇപ്രകാരമുള്ള കുരുവായൂരപ്പ അങ്ങയുടെ അതിമനോഹരമായിരിക്കുന്ന രൂപം വീണ്ടും പൊന്നരഞ്ഞാണ് കിട്ടിയിട്ടുണ്ട് കാഞ്ചില്ല കാഞ്ചില്ലാഞ്ചിത ലസത് പീതാം കാഞ്ചന കാഞ്ചിലാഞ്ചിലസത് കാഞ്ചന സ്വർണം കൊണ്ടുണ്ടാക്കിയ അരഞ്ഞാണ് അരപ്പട്ട അതിൽ വിലസുന്ന പീതാംബരാലംപിനിം പീതാംബരപ്പട്ട് എന്നിട്ടോ അതിന് താഴെയായിട്ട് വിമലാം പുതിപ്പതാം എല്ലാ ദുഃഖങ്ങളെയും മാറ്റുന്ന വിമലമായ മനസ്സുണ്ടാക്കിത്തരുന്ന എല്ലാ ആർത്തികളെയും നശിപ്പിക്കുന്ന അവിടുത്തെ പദം കാലുകളെയും ഞാൻ രാവിലെ കണ്ണുകൊണ്ട് ധ്യാനിക്കുന്നു അതിനെ ആശ്രയിക്കുന്നു ഭഗവാന്റെ കിരീടത്തിൽ തുടങ്ങി എവിടെ എത്തി ഇനി അവസാനം പട്ടതിരിപ്പാട് തുടങ്ങുന്നത് ഭഗവാന്റെ അഗ്രേ പശ്യാമിതേ രോ നിവിടുന്ന് തുടങ്ങുന്നത് പാദത്തിൽ നിന്നു തുടങ്ങി ശിരസിലേക്ക് ഇവിടെ അതിമനോഹരമായ രൂപത്തെ പട്ടതിരിപ്പാട് തന്റെ ഉള്ളിൽ കാണാണ് ഇങ്ങനെ പറയുന്നു ഈ രൂപത്തിനേക്കാൾ വലിയൊരു മഹത്വമാർന്ന ഒന്നും ഞാൻ കാണുന്നില്ല അതിമനോഹരമായടുത്ത ശ്ലോകം പറയുന്നു എത്രലോക്യമഹീയസോപിമിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിതാനോപി മധുരം ആതുര്യതുര്യാദവി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊഡ്രൂപവാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കുദുഖം പുഷ്ണോ വിഭോ രൂപത്തിൽ തന്നെ തന്റെ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഭാവന ചെയ്യണം ത്രൈലോക്യമഹീയസോവിമഹിതം ത്രൈലോക്യം മൂന്ന് ലോകത്തിലും ഇതിനേക്കാൾ മനോഹരമായി ഞാനൊന്നും കാണുന്നില്ല ഇന്ന് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ആര് തന്നെയാണ് എന്റെ ഉള്ളിൽ പരിരസിക്കുന്ന ഭഗവാൻ നാം ഏതിനെ വാല്യൂ ചെയ്യുമോ അതിനെക്കുറിച്ചായിരിക്കും മനസ്സ് ചിന്തിക്കുക നമ്മൾ ഈ ലോകത്തെയാണ് ഈശ്വരനേക്കാൾ വാല്യൂ ചെയ്യുന്നെങ്കിൽ ഈ ലോകത്തിന് നിങ്ങളെ ഡിസ്റ്റേർബ് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങളെ മക്കളെയും മസാവും ഭാര്യയും ആ ബന്ധങ്ങളുണ്ടല്ലോ അതിനെയാണ് കൂടുതൽ വാല്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോയാൽ നിങ്ങളുടെ മനസ്സിലിരിക്കുന്നത് അതായിരിക്കാം എന്നാൽ നിങ്ങൾ അതിനേക്കാളും വാല്യൂ ചെയ്യുന്നത് ഈശ്വരനെയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലാരും ഈശ്വരനെ ഇരിക്കും സോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ ഹും യു ഗീവ് ദ വാല്യൂ നിങ്ങൾ ആർക്ക് കൊടുക്കണമെന്നില്ല അപ്പൊ നമ്മൾ കുറച്ചു നേരത്തേക്കെങ്കിലും വാല്യൂ ചെയ്യണം ഈശ്വരനെ വാല്യു ചെയ്യണം ആ ഈശ്വരന്റെ വാല്യുയിടങ്കിൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കും ത്രൈലോക്യമീയസോഭിമഹിതം ത്രിലോകത്തിലും വെച്ച് മഹിതമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് ഇത് തന്നെയാണ് അതുപോലെ കാന്തം കാന്തിനിദാനതോവി ഏറ്റവും കാന്തം കാണാൻ ഭംഗിയുള്ള ശ്രേഷ്ഠമായത് ഈ ഗുരുവായൂരപ്പനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഞാനൊന്നും കാണുന്നില്ല മാധുര്യ ദുര്യാദവി എന്റെ ജീവിതത്തെ മാധുര്യപ്പെടുത്താൻ ഗുരുവായൂരപ്പനേക്കാൾ ശക്തി മറ്റൊരാൾക്കും ഞാൻ കാണുന്നില്ല സൗന്ദര്യോത്തരതോ വിസുന്ദരതരം സൗന്ദര്യത്തിലും ഈ ഗുരുവായൂരപ്പനോളം സൗന്ദര്യം വേറെ ആർക്കുമില്ല ഇപ്രകാരമെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ഇങ്ങനെയുള്ള കുതുകം ആർക്കാണ് ഒരു ശ്രേഷ്ഠ കൗതുകം കൊടുക്കാതിരിക്കുക എന്നാ കസ്യകുതുകം ആർക്കാണ് കൗതുകം കൊടുക്കാതിരിക്കുക അപ്രകാരമുള്ള വിഷ്ണു പുഷ്ണാതിവിഷ്ണോ വിഭു ഞാൻ അവിടുത്തെ അതിമനോഹരമായിരിക്കുന്ന ഈ രൂപത്തിൽ എന്റെ മനസ്സിനെ വെച്ചുകൊണ്ട് എന്റെ പ്രേമം വർദ്ധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഇങ്ങനെ കുറച്ചു നമ്മുടെ മനസ്സ് ഗുരുവായൂരപ്പന്റെ ഓരോ രൂപങ്ങൾ കൊണ്ടുവന്ന് ആ രൂപത്തിലേക്ക് തന്റെ മനസ്സിനെ നോക്കിക്കൊണ്ട് കൂടുതൽ സമയം നമ്മുടെ മനസ്സ് ആര് തന്നെ ഒട്ടിയിരിക്കണം ഗുരുവായൂരപ്പനെ എന്നിട്ട് ഇത്രത്തോളം സൌന്ദര്യവും കാന്തിയും മാധുര്യവും ശ്രേഷ്ഠതയും ഈ ലോകത്തിൽ മറ്റൊന്നിനും ഇല്ല അപ്പൊ നമ്മുടെ കൂടുതൽ നമ്മുടെ ബന്ധം ആരോടായിത്തീരും ഭഗവാനോടായിത്തീരും കണ്ണു തുറക്കുമ്പോൾ ലോകത്തോടും കണ്ണടയ്ക്കുമ്പം ഈശ്വരനോടും ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിനെ ഉയർത്താൻ സാധിക്കും ഒരിക്കൽ നമ്മൾ കണ്ണു തുറക്കുമ്പം ലോകത്തെ കാണുന്നു അതേ ലോകത്തെ നമ്മൾ കണ്ണടയ്ക്കുമ്പം വിട്ടുപോകണം കണ്ണാരിലേക്ക് വരണം ഈശ്വരലേക്ക് വരാൻ തുടങ്ങുകയാണെങ്കിൽ ലൗകിക ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ വേഗം നമുക്ക് അതിന്റെ പാദത്തിൽ അർപ്പിക്കാം ഭഗവാന്റെ പാദത്തിൽ മനസ്സിലായില്ലേ ഇപ്പൊ നേരത്തെ സ്വരൂപത്തെക്കുറിച്ച് പറഞ്ഞു ഇപ്പൊ ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണ് ഇതാണ് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ആത്മാവ് തന്നെയാണ് ഉപാസിക്കുന്ന ദേവത എന്ന് ഉറപ്പിച്ചുകൊണ്ട് വേണം ഉപാസിക്കാം എത്ര ദേവതകളെ ഉപാസിക്കണം എത്ര ഫോട്ടോ വെച്ച് ഉപാസിക്കണം ഒന്നു മതി അതിൽ തന്നെ മനസ്സുറപ്പിക്കൂ അനവധി ഒന്നും വേണ്ടാന്ന് പറയാണ് അത് കൺഫ്യൂഷനാണ് അത് വേണ്ടാന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേണ്ടവരെന്നെടുത്തോട്ടെ നമുക്ക് ഉയരാൻ ഒന്നു മതി കാലിന് സുഖമില്ലാത്ത ആൾക്ക് നാലഞ്ച് വടിയിലാവശ്യമുണ്ടോ ഇത് അച്ഛൻ ഡൊണേറ്റ് ചെയ്താണ് ഇത് ഭാര്യയെ ഡൊണേറ്റ് ചെയ്തതാണ് മക്കളെ ഡോണേറ്റ് എല്ലാവരും ഡോണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും കല്യാണത്തിന് വധുവരന്മാർക്ക് പാലും പഴവും കൊടുക്കണതു പോലെയാണ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ മടുപ്പ് വരും പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അതിന് പേര് ലഡുവാണ് കൊടുക്കുന്നത് എന്ന് വെക്കുക വധുവരന്മാരങ്ങനെ ഇരിക്കണോ അവർക്കിങ്ങനെ ഓരോ ലഡു അമ്മയുടെ അത് നിയമം ഇത് മുഴുവൻ കഴിച്ച അടങ്ങുമെന്ന് എങ്ങനെയായിരിക്കും ആ ചടങ്ങ് ആദ്യത്തെ ലഡു അമ്മായി അമ്മ നന്നല്ലേ എന്ന് വിചാരിച്ച് കഴിക്കും ആദ്യം തന്നെ മധുരം കളയണ്ടെന്ന് വെച്ചിട്ട് രണ്ടാമത്തെ ലഡു അമ്മായിയപ്പൻ അത് കഴിഞ്ഞ് അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി പറഞ്ഞ കുറെ കഴിഞ്ഞാൽ ലഡു തരുന്നവരുടെ നേരെ ലഡു എടുത്ത് കൃത്യമെന്ന് തോന്നും ഇനി ചിന്തിക്കും നിങ്ങൾ കുറെ വരും അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ തന്നെ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിന് വ്യക്തതയും ക്ലാരിറ്റിയും ഉഷാറും ഉണർവ് കൂട്ടും മനസ്സിലാവുണ്ടല്ലോ ഇനി ഇന്നും അവന് ചോദിക്കരുത് ഇനി എവിടുന്ന സ്വാമി ഞാൻ തുടങ്ങേണ്ടതെന്ന് കാരണം മുത്തശ്ശനായിട്ട് തുടങ്ങിയവെച്ചാണ് കുത്തിച്ചാത്തിന്റെ വാസന ഇനി ഞാൻ കുട്ടിച്ചാത്തിനെ പിടിക്കണോ അല്ലെങ്കിൽ വെറു വായനപ്പിനെ ചോദ്യങ്ങൾ ഒന്നും ചോദിക്കരുത് നിങ്ങൾക്ക് ഉയരണം എന്നുണ്ടോ ഒന്നും ആ ഒന്നിനെ പിടിക്കുമ്പോഴും മനസ്സിൽ പറയൂ അതെന്റെ ആത്മാവ് ഈ രൂപം എന്ന് പറയുന്നത് വെറും ഒരു കണ്ണാടിയാണ് അതിൽ കാണുന്ന തേജസ് ആരുടെയാണ് എന്ത് തന്നെയാണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഉപാസിച്ചുകൊണ്ട് മുന്നോട്ടു പോയാൽ ആത്മീയതയിൽ എളുപ്പം വരാൻ സാധിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഈ വ്യക്തത നമുക്ക് നാരായണീയത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കണം തന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ സൂക്ഷ്മമായിരിക്കുന്ന ആത്മ ചൈതന്യം തന്നെയാണ് തേജോമയമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് സാക്ഷാത് ഗുരുവായ്പൻ എന്നാൽ ഇന്ന് ആ എനിക്ക് അഖിലയായി നിൽക്കാൻ കാരണം ഞാൻ ജീവഭാവത്തിൽ നിൽക്കുന്നു ഭഗവാനാണെങ്കിൽ പരമാത്മഭാവത്തിൽ നിൽക്കുന്നു അപ്പൊ ഈ ജീവഭാവത്തിൽ നിന്നും ഞാൻ എന്നെ പരമാത്മഭാവത്തിലേക്ക് ഉയർത്തേണ്ടതുണ്ട് അതായത് തന്റെ മനസ്സിന്റെ തലത്തിൽ നിന്നും ഞാൻ ജീവിതത്തെ ബുദ്ധിയുടെ തലത്തിൽ കാണേണ്ടതുണ്ട് ആ തലത്തിലേക്ക് ഉയരാൻ ആത്മാവായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഒരു രൂപത്തോടുകൂടി ഉപാസിക്കേണ്ടിയിരിക്കണം ഇവിടെ ഉപാസിക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന രൂപം ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സൂര്യസ്പർധിഗിരീടമൂർധ്വതിലകം ഇപ്രകാരമുള്ള രൂപമാണ് ആ രൂപത്തെ നോക്കിക്കൊണ്ട് മനസ്സിൽ ഭാവന ചെയ്യാണ് തഹി ലോക്യഹീയസോ വിമഹിതം സമ്മോഹനം മോഹനാൽ വിമധുരം മാധുര്യതുര്യാദവി ഇതിനേക്കാൾ മാധുര്യവും ഇതിനേക്കാൾ ആകർഷവും ഇതിനേക്കാൾ ശ്രേഷ്ഠവുമായി മറ്റൊന്നും ഇപ്പോൾ എന്റെ കൂടെ ഇല്ല തന്നെയാണ് സർവോത്കൃഷ്ട ശ്രേഷ്ഠനായിട്ട് എവിടെ വർത്തിക്കുന്നത് എന്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലുള്ള നാനാ വിചാരങ്ങളെ മാറ്റിക്കൊണ്ട് എല്ലാ ചിന്തകളെയും അകറ്റിക്കൊണ്ട് മനസ്സിനെ ഇപ്പോ ആരിലേക്ക് കൊണ്ടുവരുന്നു ഭഗവാനെ കൊണ്ടുവന്ന് ആ പാദത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു ഇപ്രകാരം ഭഗവാനെ ആരാണോ അവരുടെ മനസ്സ് ഭഗവാനിൽ ഉറപ്പിക്കുന്നത് അവരുടെ കൂടെ ലക്ഷ്മിയും വസിക്കും എന്ന് ഇനി പട്ടതിരിപ്പാണ് പറയാണ് തത്രാമതുരാത്മകം തപവബു സംഭാപ്യസമ്പീ പരമോത്സുഖാ ചിരതരം നാസ്തേ സ്വഭക്തേശവീ തേനാസയാതകച്ചുതവിഭോ ത്വദ്രൂപമാനോപ്യക പ്രേമസ്ഥൈര്യമയാദാബലാൽ ചാഫല്യവാത്തോദൂ അപ്രകാരമുള്ള തരാത് അപ്രകാരം എപ്രകാരം ത്രൈലോക്യമഹീയസോ വിമഹിതം ഈ ത്രിലോകത്തിലും വെച്ച് ഏറ്റവും സർവോത്കൃഷ്ട ശ്രേഷ്ഠമായിരിക്കുന്ന ആനന്ദരൂപമായിരിക്കുന്ന ആകർഷണീയമായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തെ മധുരാത്മകം തവവകു ശ്രേഷ്ഠമായ ആനന്ദം തരുന്ന മധു തരുന്ന സന്തോഷം തരുന്ന ആ രൂപത്തെ സംപ്രാപ്യ സമ്പന്മയി അതിനെ സമ്പന്മയി സംപിച്ചിരിക്കുന്ന ദേവി ആരാവി ഭഗവാന്റെ രൂപത്തെ പ്രാപിച്ചിരിക്കുന്ന സാദേവി പരമോത്സുക അങ്ങേയറ്റം പരമാനന്ദ ധ്രുവതയാണ് അതുകൊണ്ട് തന്നെ ദേവി ചിലതരം എന്ന ഭക്തേഷമി ആസ്തി കൂടെ പോകുന്നില്ല ദേവിയെ ആരാധിക്കുന്ന ചില ഭക്തന്മാർക്ക് അവരുടെ കൂടെ ആര് പോകുന്നില്ല കാരണം ദേവിക്കിഷ്ടം ആരുടെ കൂടെ പോവാനാണ് ഇതാണ് ദേവിയുടെ കൺഫ്യൂഷൻ ചിലവര് ദേവിയുടെ പിന്നാലെ നടക്കുന്നുണ്ട് എന്നാൽ ദേവിക്ക് അവരുടെ കൂടെ പോവാൻ താല്പര്യമില്ല ദേവിക്ക് തന്റെ ഭർത്താവായിരിക്കുന്ന തന്റെ ആരാധനാമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ കൂടെ പോകാനാളാക്കുന്ന ഡോണ്ട് കൺഫ്യൂസ് മീ എന്ന് എന്റെ പിന്നാലെ നടക്കരുത് ഞാൻ ഓൾറെഡി കെട്ടിയവളാണ് ഈ സീരിയലിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ കല്യാണം കഴിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ പിന്നാലെ വേറെ ചില കോതന്മാർ പോകുന്നത് അപ്പോ അങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു ഇപ്പോ എന്റെ മനസ്സ് ഒരാളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു നീ എന്റെ പിന്നാലെ വെറുതെ നടന്നിട്ട് കാര്യമില്ല അത് മഹാവിഷ്ണുവിന് വിഷ്ണുവല്ല ഒരു ഭർത്താവിനെ ഇഷ്ടമല്ലാത്ത എല്ലാ ആണ് തന്റെ ഭർത്താരി പിന്നാലെ വേറെടുത്താൻ പോകുന്നത് ഇഷ്ടപ്പെടുവോ ഏതെങ്കിലും ഭർത്താവ് ഇഷ്ടപ്പെടുവോ എന്ന് പറയുന്ന പണ്ടത്തെ കാലാണേ കാലം മാറി ഒരാള് കല്യാണം കഴിക്കാൻ വേണ്ടി പത്രത്തില് അഡ്വെർടൈസ്മെന്റ് കൊടുത്തു ക്ലാസിഫൈഡ് ഭാര്യ ആവശ്യമുണ്ട് അയാൾക്കൊരായിരം കത്ത് വന്നു എന്റെ നോക്കൂ എന്റെ നോക്കൂ എന്ന് വെച്ചാൽ അത്രത്തോളം ഓരോരുത്തരും കല്യാണം കഴിഞ്ഞ ശേഷം റിയലൈസേഷൻ വന്നു വേണ്ടിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ കല്യാണം ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചിരിക്കുന്ന ദേവിയുടെ പിന്നാലെ മറ്റൊരാൾ പോകുന്നത് ആ കൃഷ്ണല്ല ദേവിക്ക് എന്ന് വെച്ചാൽ യഥാർത്ഥം ചില ആളുകൾ സമ്പത്തിന് വേണ്ടി മാത്രം ഉപാസന ചെയ്യുന്നു അവരുടെ കൂടെ ആര് നിൽക്കില്ല സമ്പത്തും സമൃദ്ധിയും നിൽക്കില്ല കാരണം സമ്പത്ത് എപ്പോഴും ദേവി എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ കൂടെ എന്ന് വെച്ചാൽ എന്താർത്ഥം ചിലവർക്ക് സമ്പത് സമൃദ്ധി ഉണ്ടാവും മനസ്സമാധാനം ഉണ്ടാവില്ല എന്നാൽ എവിടെ ഭഗവാനുണ്ടോ അവിടെ സമ്പത്തുമുണ്ടാവും മനസ്സമാധാനമുണ്ടോ ഈ മനസ്സിന്റെ ശാന്തി പോയിട്ട് ബാക്കി എന്താ കാര്യം പണ്ടൊരാൾ പറഞ്ഞ പോലെ എന്റെ വീട്ടിലെല്ലാ സൌകര്യങ്ങളും സ്വാമി ഒന്നിനൊരു കുറവില്ല എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പക്ഷെ ഒറ്റ കുഴപ്പമില്ല ഈ മാനസിക രോഗമാണ് എല്ലാ വീട്ടിലും ഉണ്ടായിട്ട് മാനസിക രോഗമുള്ള എന്താ കാര്യം മനസ്സിലായില്ലേ അച്ഛൻ കോടിപതിയാണ് എല്ലാ കാര്യങ്ങളും ഉണ്ട് അച്ഛൻ ഇപ്പം എവിടെയാണ് ഏയ് അതേസമയം മെന്റൽ ഹോസ്പിറ്റലിലാണ് മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ എന്താ കാര്യം മനസ്സിലായില്ലേ അപ്പോ നമ്മള് ഭഗവാൻ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ലക്ഷ്മിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനസ്സ് ഭഗവാനിലേക്ക് തിരുന്തോറും നമ്മുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും സ്വസ്ഥതയുണ്ട് ഇതിനേക്കാൾ വലിയൊരു ഐശ്വര്യം വേറെ ഇല്ല എന്നാൽ കേവലം ആളുകള് മനസമാധാനത്തിന് വേണ്ടി സമ്പത്തും മറ്റ് സമൃദ്ധിയുടെയും പിന്നാലെ പോകുമ്പോ അവർക്ക് ബാക്കിയെല്ലാം ഉണ്ടാവും എന്തുമാത്രം ഉണ്ടാവില്ല സമാധാനം അതുകൊണ്ട് കഷ്ടമോ കഷ്ടം തന്നെയാണ് തദ്രൂപമാണോജ്ഞത അങ്ങേരൂപത്തിൽ അങ്ങേറ്റം ആകർഷിക്കപ്പെട്ട് േമ തൈര്യമോൾ പ്രേമചാബല്യം കൊണ്ട് ലക്ഷ്മി അകയുടെ പിന്നാലെ തന്നെയാണ് എപ്പോഴും നടക്കുന്നത് ഇത് നമുക്കൊരു ഡയറക്ഷൻ തരിക ഈ അവർ കോൺസെൻട്രേറ്റേഷൻ കോൺസെൻട്രേഷൻ സുവേഴ്സ് അല്ലോ നമ്മൾ ഈശ്വരനിലേക്ക് തന്നെയാണ് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ ഐശ്വര്യങ്ങളും കൂടെ ഉണ്ടാവും നേരെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണെങ്കിൽ നമുക്ക് ഇതും ഉണ്ടാവില്ല അതും ഉണ്ടാവില്ല മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾ പാലാഴി മതനത്തിന്റെ കട നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ലക്ഷ്മിദേവി ആവിർഭവിച്ചപ്പോ ലക്ഷ്മി ദേവിയെ എല്ലാവരും ഇങ്ങനെ വരൂ ഇങ്ങോട്ട് വരുമോ പക്ഷെ ലക്ഷ്മി എവിടെ പോകാൻ ആഗ്രഹിക്കേവിക്കാരുടെ കൂടെ പോകാനാണ് ആഗ്രഹം മഹാവിഷ്ണുവിന്റെ കൂടെയാണ് എന്തോ സ്ഥലത്തിന്റെ അർത്ഥം എവിടെ ഭഗവാനുണ്ടോ ക്ഷ്മി നമ്മളീ കർക്കടാ മാസം തുടങ്ങുമുണ്ടല്ലോ കേരളത്തിൽ പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു തലേ ദിവസം എല്ലാം അടിച്ചു വാരി ഭക്തിയാക്കി ഭഗവതി പോൽ ശ്രീ ഭഗവതി ശ്രീഭഗവതിയെ പുറത്താക്കണം ഇന്ന് ഫ്ലാറ്റായതുകൊണ്ട് അടിച്ചു വാരി പുറത്താക്കാനില്ല മനസ്സിലായിട്ടേ അതുകൊണ്ട് ശ്രീഭഗവതിമാണോ ാക്കിയുള്ള ഭഗവതിമാരൊക്കെ വീട്ടിലുമുണ്ട് സമാധാനവും സ്വസ്ഥതയും പോയി അതുകൊണ്ട് ഒരു പുത്തഴിഞ്ഞ ജീവിതമായിട്ട് നോക്കൂ നിങ്ങൾ നല്ല ഗ്രഹണമായിരുന്നു അല്ലേ ഇങ്ങനെയും അങ്ങനെയാണ് ഗ്രഹണമായിരുന്നു പണ്ട് നമ്മുടെ ആ ഒരു സംസ്കാരം നോക്കും നിങ്ങൾ ഗ്രഹണാകുമ്പോഴേക്കും എല്ലാവരും ഊണ് കഴിഞ്ഞു പാത്രമൊക്കെ കഴുകിവെച്ചു അതുപോലെ തന്നെ വീടൊക്കെ എല്ലാവരും വാതിലൊക്കടച്ചു പുറത്തൊന്നും ഇറങ്ങില്ല അത് കഴിഞ്ഞ് ഗ്രഹണം കഴിഞ്ഞ് എല്ലാവരും കുളി കഴിഞ്ഞ് തീർഥക്കെടുത്ത് തളിച്ച് വൃത്തിയാക്കി പിന്നെ ആരംഭിച്ചു അവർക്ക് വലിയ സയന്റിഫിക് നോളജ് ഒന്നുമില്ല എന്നാൽ ഇന്നതിനെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ പറയുന്നത് ഗ്രഹണ സമയത്ത് അന്തരീക്ഷത്തിൽ പോയിസൺ വളരെയധികം കൂടുമെന്നും അത് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത് എന്നെല്ലാം പറ ഭക്ഷണ സാധനങ്ങളിൽ പോലും വിഷം ാധിക്കാനുള്ള ഇതൊക്കെ ഇന്ന് നമ്മള് ശാസ്ത്രജ്ഞന്മാര് പറയുമ്പോൾ അന്ന് നമ്മുടെ ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ അനുഷ്ഠിച്ച ഒരു ആചാരത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു മഹനീയത എന്നുള്ള തലമുറയ്ക്ക് അത് മനസ്സിലാകില്ല ഇന്നിപ്പോ അതെല്ലാം കളഞ്ഞു കുളിച്ചു എന്നാ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ചാൽ മതി അതും അതുമില്ല ഗ്രഹണ സമയത്ത് കൂൾ ഡ്രിങ്ക്സ് ചെയ്യും വിഷം സംഭവിച്ചില്ലെങ്കിലല്ലേ എന്നിട്ട് സമ്പാദ്യം മുഴുവൻ അവസാനം പ്രമേഹമാകാത്ത പിതാ പ്രമേഹ ഗുരുവായത്തിനോടല്ല പറയുന്നത് സ്പെഷ്യലിസ്റ്റിനോട് കാരണം ഈ അങ്ങൊരു തീരെടുത്തിട്ട് വേണം അതിനുള്ള കളഞ്ഞിട്ട് വേണം ജീവൻ വേണമെങ്കിൽ അങ്ങനെ ജീവിതം മുഴുവൻ ഒരു ഓർഡർ ഇല്ലാതെ ജീവിച്ച് അവസാനം നരകിക്കുന്നൊരു നരക ജീവിതത്തിലേക്ക് അതാണ് നമ്മൾ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കൂ നിങ്ങൾ അവസാനം എവിടെ എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആരോഗ്യമില്ലാത്ത ശരീരം സ്വസ്ഥതയില്ലാത്ത മനസ്സ് കാരണം നിങ്ങൾ എനർജിയെ പുറത്തേക്കാണ് ഒഴുക്കുന്നത് രണ്ടു തരം എനർജിയുണ്ട് ഒന്ന് പ്രിസർവ് പ്രിസർവ് ചെയ്യുന്ന എനർജിയും രണ്ട് കൺസ്യൂം ചെയ്യുന്ന എനർജിയും നിങ്ങൾ വീട്ടുകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ഡയറക്ഷൻ മുഴുവൻ എങ്ങോട്ടായിരിക്കണം വീട് ചിന്തകളെക്കുറിച്ചായിരിക്കണം അങ്ങോട്ട് എനർജി പോയിക്കൊണ്ടിരിക്കും നിങ്ങൾ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ എനർജി എങ്ങോട്ടായിരിക്കണം നിങ്ങളുടെ ഉള്ളിലേക്കായിരിക്കണം എനർജി പ്രിസർവ് ചെയ്യല്ലേ ചെയ്യുന്നത് അല്ലേ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെയാണ് എനർജി ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഡയറക്ഷൻ അങ്ങോട്ടാണ് നിങ്ങളാണ് നിശ്ചയിക്കുന്നത് തളർന്ന് ജീവിക്കണമോ ഉയർന്ന് ജീവിക്കണോ നിങ്ങൾ ഏത് ഡയറക്ഷനിൽ ചിന്തിക്കുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ മനസ്സായിത്തരും നിങ്ങൾ ജീവിതമായി തരും ആസ് ദൈൻ സോ ദ ലൈഫ് എന്നാണ് മനസ്സ് അപ്രകാരമായിരിക്കും ജീവിതം ഓൾ ഡിറ്റർമിൻഡ് ബൈ അവസ മനസ്സിലാവുന്നുണ്ടല്ലോ ഇന്ന് നിങ്ങൾ അസുഖം എന്ന് പറയുന്നത് തന്നെ രോഗങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സ്റ്റാർട്ട് ശ്രദ്ധ മൈറ്റ് അസുഖം വരുന്ന മനസ്സ് നിങ്ങളുടെ മനസ്സ് വീക്കാവും തോറും ശരീരവും വീക്കാവും ശരീരം വീക്കായാലും മനസ്സ് വീക്കായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് മനസ്സിനെ തളർത്താൻ സാധ്യത നോക്കൂ നിങ്ങൾ ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം പറയുന്നത് എവിടെ ഇരുന്നിട്ടാണ് നിങ്ങളെ വീക്കാക്കാൻ നിങ്ങളുടെ മനസ്സിന് സാധിക്കും മനസ്സ് എങ്ങനെയായിരിക്കണം പ്രായം കൂടുന്തോറും ഒരു നിഷ്കമ്പനയിലേക്ക് വരണം ഒരു തലത്തിലും മനസ്സ് ഒരു അനുഭവത്തിലും പതറരുത് പതരാത്ത മനസ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും മൂന്ന് തലത്തിലായിരിക്കാം മനസ്സ് അവർക്ക് പരാതികൾ ഉണ്ടാവില്ല പ്രായം കൂടുന്തോറും എന്തുണ്ടാവരുത് പരാതി ഇന്ന് നമുക്ക് കാണാൻ പറ്റുമോ ആൾക്കാരെ തൊട്ടാ പരാതിയിലുള്ളൂ പരാതികളുണ്ടാവില്ല രണ്ടാമത് ഏതനുഭവത്തിലും അവർക്ക് ഈശ്വര നിശ്ചയമായി കണ്ടതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരിക്കും നല്ലവണ്ണം ക്ഷമയുണ്ടായിരിക്കും ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കും പരാതി ഉണ്ടാവില്ല ക്ഷമിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ുഭവത്തിലും അവരതിനെ ലളിതമായി കാണാൻ സാധിക്കും ഒരു ടെൻഷൻ ഇല്ലാതെ കാണാൻ സാധിക്കും